സാധനം പറയുന്നുണ്ട് നമ്മള് ബുദ്ധി നില അർത്ഥം വയ്ക്കുന്നുണ്ട് ആ ഈ അഖിലെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവലോട് കൂടി തന്നെ അഖിലോകങ്ങൾ ഉണ്ടായിന്നു പറയുന്നു അപ്പോ ഒരതിമ സാധിക്കാതില്ല ഇതുപോലെ ഈ മോതിരത്തിന്റെ അറക്കത്തിന്റെ അതിമ സ്ഥാപിക്കാല്ലോ ചെയ്യാനെങ്കിലോട് കൂടി തന്നെ അതുണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞാൽ മതി മോയെ പോലും ഇല്ല എന്നെ എഴുതി പറയുന്നതാണ് അതേണ്ട് ഏത് ജോലിക്ക് ഈ മോതിരത്തിന്റെ കെയ്യന്റെ അനക്കത്തിനോട് മുമ്പായി പക്ഷെ അരി പച്ച കദീം ഹാദീസത്തോണ്ടല്ലേ സൂട്ടാകാത്ത ഇത് കദീ ഹാദീസും ബിസ്മാനും മിസാലാക്കിയത് കൊണ്ടാണ് മിസാല് ദേശം സൂട്ടാകാത്ത എപ്പോഴും അവർ പറയുന്നത് ഇന്ന വാജിബൻ ഗുജൂതി എല്ലാ ജഹത്തിൽ വന കൊതത്തെ ലഹു വന ഇറാദത്ത വല സിഫ ലഹുദായേക്കാളാറത്തൂല്ല ഇറാദത്തൂല്ല സിഫത്തൂല്ല ഒന്നുമില്ല വെറും നെടുങ്ങനെ ദാത്തി മത്സരം തൂണിട്ട് ഇവർക്ക് നാ കദീമ് കൂടിപ്പോവും അല്ലാണ്ട് സിഫത്ത് കദീമല്ല കദീമ് കൂടിയ മുശിക്കായി പോകുന്നതുകൊണ്ട് ഇത് ഇവർക്ക് അലർജി കുടിച്ചാണെങ്കിൽ ചെറുക്കിന്റെ അലർജി കുടിക്കുന്നില്ല ൾക്ക് എന്ന് പറഞ്ഞ മാതിരി കൊച്ചു കുടുങ്ങിയാൽ വെച്ചു അപ്പൊ വൽവാഹിദ് മിങ്കുല്യജിഹത്തിൻ എല്ലാ ജിഹത്തിൽ കൂടിയും വാഹിദായ ഒരു സാധനമുണ്ട് ഇത് ഒന്നാമത്തെ മുക്കദ്മി അതായത് ആദ്യം നോക്കിയെ അന്നൽ വാജിബൽവ് വാജിബൽവ് മിങ്കുല്യജിഹത്തിൻ വലാ ഇറാദിഫത്തലഹുദൻ ഇതൊന്നാമത്തെ മുക്കത്തിന ഇനി അതാണ് സോളാ എന്ന് പറയുന്നത് എല്ലാ രീതിയിൽ കൂടിയും വാഹിദായ സാധനം അതിൽ നിന്ന് ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂക്കുല്ലത്തിൽ കൂടി ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പൊ തരീക്കുലില്ലത്തിനുസരില്ലേ അപ്പൊ നാത്തുണ്ടാവലോടൊപ്പം തരീക്കുലില്ലത്തിന് മറ്റൊരു സാധനം ഉണ്ടാകുന്നു ഒന്നും അപ്പൊ ഒന്നും ഒന്നുമില്ല അതോർട് ഇണ്ടല്ലേ എന്തെങ്കിലും അതെന്തെന്നെ പറഞ്ഞില്ലേ എല്ലാ രീതിയിലും കൂടി ഒന്നല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ശകിനം എങ്ങനെയല്ലേ വേണ്ടത് അപ്പൊ കണ്ടില്ലേ അപ്പൊ ഒന്നുണ്ടാകണം അപ്പൊ ഒന്ന് പ്ലസ് ഒന്നായി അപ്പൊ പൽവാഹിതുല്യ ജൻഷകു അൻഹു ായ ആ വാഹിദായ ഒന്നും അതിൽ നിന്ന് ഈ ഇല്ലത്തിൽ കൂടി നാശിയായ ഒരു വാഹിദ് ആ വാഹിദാണ് യുക്കാലു ലവൽ അക്കുരുള്ളവല് എന്ന് കരുത് അപ്പ എന്തായി വാദപ്രകാരം അള്ളാഹുന്റെജുവോടുകൂടി തരിയക്കുൽ ഇല്ലത്ത് പ്രകാരം അക്കുരു ലവൽ ഉണ്ടായിരിക്കുന്നുണ്ട് ഈ അക്കുൽ ലവലാണ് സൂഫിയാക്കള് പറയുന്ന നൂർ മുഹമ്മദ് സല്ല അലി വസ്ല്ലാം എന്ന് സൂഫിയാക്കള് പറഞ്ഞ ഇതാകുന്നു മനസ്സിലും ഇത് കണ്ടിട്ട് തോറ്റി ഇതിനോറ് നമ്മളെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനുള്ള ഒരു പാഴ്വേലാണ് പരാസിഫത്തിന് എന്താക്കണം മുസ്ലിമേകളൊന്നും അംഗീകരിച്ചു വിട്ടണം പോയത് തയ്യാറാഴ്ച അതിനെന്താക്കും മുസ്ലിമേകൾ പറയുന്ന ഒരു വാദമായിട്ട് കൂട്ടിക്കണക്കുക ഡെബിസെലുള്ള ആണ് ഡിബൽ നമ്മൾ അങ്ങനെ നോറാണ് ആദ്യം പഠിച്ചു നമ്മൾ സമ്മതിക്കുന്നുണ്ടല്ലോ ആ അതാണ് ഇത് അന്ന് കൂട്ടിക്കണിക്കും അപ്പൊ അതിൽ കൂടി വിശ്വാസികളും എല്ലാം ചൂഷം കഴിഞ്ഞു ചില സൂ പി എസ് ഉണ്ടാക്കി ഇതും വായിച്ച് അതും വായിച്ചപ്പം ഫലാസിബത്ത് വേണ്ട ചെയ്യാമെന്ന് വെച്ച് അങ്ങനെയാണ് ചില തസമുട്ടി ഫലാസിബത്തിന്റെ ഭാഗം കടന്നുകൂടാനുള്ള കാരണം അത് വർദ്ധിക്കുന്നു അവർ പറയുന്ന ഈ അക്കി ഉൾ നബ്ന് എന്ന് പറഞ്ഞ സാധനം ഒന്നും അല്ല ഇത് മുഹമ്മദ് സല്ലാം നൂറ് പറഞ്ഞ സാധനം അത് വാക്കി അതിന് വന്നൂല്ല അത് വിട്ടേക്കുമ്മ ഇനി പറയാം അപ്പൊ ഒന്ന് പൊന്നായ തരി കൊല്ലില്ല തരി അപ്പൊ അക്കുൾ ലബന് ിതമുംല്ലെങ്കിലും എന്തു വന്നിട്ട് വിസമ വന്നിട്ടുണ്ട് കിതമം വിസമ വന്നിട്ടുണ്ട് ഇടക്ക് അതിമിക്കായിട്ടില്ലല്ലോ അക്കല ശരീരപ്പുലില്ലത്തും ശരീരത്തിൽ ഇല്ലാത്ത മോദി എത്തിനക്കം താനുണ്ടായി ചോദിക്കുന്നുണ്ട് കയ്യലക്കിയപ്പനുണ്ടായി കയ്യാൻ അക്കല്ലെ തുടർന്നുണ്ടായില്ലേ ിൽമല്ല ഇതൊരു സാധനം തന്നെയാണ് അതൊരു വസ്തു തന്നെ ഒരു മസു ദുക്ക മസു ദൂക്കെന്ന് പറയുമ്പോൾ ഓർവാഴ്ച മസലൂക്കെന്ന് പറയില്ല അതിനേക്കുള്ള ഇല്ലത്തിൽ കൂടിണ്ടാക്കി വസ്തുതൂക്കുന്ന വസ്തു പറയിട്ടല്ല അള്ളാഹ് ഇല്ലത്തില്ലല്ലോ അള്ളാന്റെ ഇല്ലത്തുകൊണ്ട് വസ്തു പറഞ്ഞാൽ പിന്നെ അത് അത് ശരിയാവില്ലല്ലോ മുത്തലക്കായൂതല്ല അള്ളാന്റെ ബുജൂലി മത്സ്യപ്പക്കാർ സംഭവിക്കുന്നുണ്ട് വാതിപ്പുലൂരൂതാ അല്ലെങ്കിൽ അട്ടി തീരുവല്ല അവസാനിക്കില്ലല്ലോ പറയുന്നല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പിന് ലാസ്റ്റ് അത്താനിക്ക് അത്തണ്ടിറ്റിത് ഇനി അപ്പൊ ഒന്നും പ്രശ്നം ശരിക്കും നിർത്തി പോകണോ കൊച്ചാമോട്ട് തിരിയണ്ടാവും ചുമ്മാ ഇന്നതാരിക്കല്ല അക്കില ഏത് ഈ അക്കുലഅല് എന്ന് പറഞ്ഞ സാരുണ്ടല്ലോ വാജിപുൽ മുഴുവതായ ഡാത്തിൽ നിന്ന് തെരിയപുള്ള പ്രകാരം അങ്ങ് ചാർത്തരായത് ആക്കുള്ളപ്പോൾ മുത്തസിഫൻ അത് മുത്തസിഫാണ് ബിൽ ഇൻഖാൻ ഇൻഖാൻ കൊണ്ടും മുത്തസിഫാൻ എന്ന് വസ്തുപ്പ് പറയാം അതിന് എങ്ങനെ അതിൽ നിന്നീൻ ക്യീസു ഇന്ന വൈകി ഇന്നുള്ള കൈ അസീഹി അന്നാണ് ഇന്ന ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലക്ക് നോക്കുമ്പോൾ അത് മുൻകിനാണെന്ന് പറയാം ഒരു ജീഹത്തിൽ അപ്പറ ഇല്ലത്തുണ്ടല്ലോ ഇപ്പൊ ബാജിമുദിന്റെ ഈ കൈരം അനക്കം നോക്ക് ആ ഈ കയ്യം അനക്കത്തോടുകൂടി മോതിരം അനങ്കൽ എന്നുള്ളത് റയറ് ഇതിൽ തഹ്സീരുണ്ട് അറക്കത്തുൽ ഇസ്ബ്രാഹീം ഉള്ളത് അറക്കത്തുൾാത്തം എന്ന് ധ്യു തന്നിട്ടുണ്ടല്ലോ അന്നലക്കത് മുൻകിനാണ് അതോടൊപ്പം തന്നെ ഉണ്ട് പറയാ ഇല്ലത്തോടുണ്ടായി തീർന്ന വകേലി അത് ഇല്ലായ്മ സാധിക്കൂല ഈ കയ്യനക്കിനോട് കൂടി മോതിരം അനങ്ങാതിരിക്കാൻ സാധിക്കൂലല്ലോ അന്നലക്ക് നോക്കുമ്പോൾ എന്ത് പറയാ ആ ഇറക്കത്തിന്റെ ബുജൂബ് ഉണ്ടെന്നും പറയാ അറക്കത്ത് മുൻകിനാണെന്നും പറയാം അപ്പൊ രണ്ടും രണ്ടു ഐത്യത്തിൽ കൂടി വാചിപ്പുവായി മുൻചിനുവായി ഒന്നാമത്തതാണ് ഇച്ചാലി രണ്ടാമത്തതാണ് ഇത് ഭുജോ അതുകൊണ്ട് കഥീമുണ്ട് ഇല്ലത്തി ഇല്ലത്തിലേക്ക് നോക്കുമ്പോൾ അത് കദീമാരി ദാത്തിന്റെ ഏറ്റവും വാട് കൊണ്ട് ആദിപ്പുവായി ഇതാണ് അവരുടെ വാദം പക്ഷെ മൈപതി പറഞ്ഞാൽ കാരണം വളരെ ക്ലിയറായിക്കൊണ്ട് ഷാരിയും അല്ലെങ്കിൽ ബാർത്തോളിപ്പിച്ചുകൊണ്ടിരുന്നു ഒരാൾ ദേഹത്ത് പെട്ടെന്ന് പച്ചത്തിരിക്കില്ല ഇങ്ങനെ ആകെ വരങ്ങലാണ് നോക്കാൾ നല്ല ഹർദീപാണ് ഇനി പറയട്ടെ ഈ അക്കൽ അവരിൽ നിന്ന് ഉണ്ടായിൽ ജിഹത്തിൽ പൂര ഒന്നാമത്തെ ജിഹത്ത് ഏതാ പറഞ്ഞത് ഇംഖാൻ അല്ലേ അക്കലും സാരിയുണ്ട് ഒന്നാമത്തെ അഖിലവലിന്റെ അക്കലുൽ സാനിയുണ്ടായി ജിഹത്തുദാനി ഏതാണ് വുജൂബിന്റെ ഭാഗത്തിൽ കൂടി ഉണ്ടായിത്തീർന്നു പലക്കുറെവ്വല് അപ്പൊ ഒന്നിന് ഒന്നുണ്ടായി ഒന്നുണ്ടല്ലോ ഈ ഒന്നിന് രണ്ടെണ്ണുണ്ടായി രണ്ട് ജിഹത്തിൽ കൂടി രണ്ടെണ്ണുണ്ടായി വുജൂബിന്റെ ഭാഗത്തിൽ കൂടി അക്കല് അല്ല പലക്ക് ഇൻഖാന്റെ ജിഹത്തിൽ കൂടിയോ അക്കൽ ഉത്സാഹനിയും അപ്പൊ രണ്ടെണ്ണത്തിന്റെ ഇങ്ങനെ നൽകി ഇനി ഓരോ തന്നെ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ഇങ്ങനെ ഉണ്ടാകാനാവുന്നു അല്ല ജിഹത്തിലൂടെ ഇതിപ്പോ ഇംഖാൻ ഇൻഖാന്റെ ജിഹത്തിൽ കൂടി അക്കൽ ഉത്സാണി ഉണ്ടായി പിന്ന രണ്ടാമത്തെ ജിഹത്തേതാ പറഞ്ഞത് ബുജൂബ് ഇല്ലത്തന്നല്ലേ പറഞ്ഞേ അല്ലത്തിന്റെ ഭാഗത്തിൽ കൂടി പല കവരുണ്ടായി അപ്പൊ അക്കളുടെ അവരൽ ഇന്ന് പല കവർ അല്ലാതെ ഇല്ലത്തിൽണ്ടായി വാദപ്രകാരം അവർ പറയുന്നു അതാണ് വാശപ്രകാരം എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് ഇത് മാത്രം വായിച്ചിട്ട് അത് രണ്ടൊന്നു ഇവര് മതവിശ്വാസികൾ ചൂഷണം ചെയ്യാനുള്ള അവർ തൃത്തിച്ചോക്കണേ സുമ്മ ഇന്ന ഹാതൽ അക്കല സാനിയ ഈ രണ്ടാമത്തെ അക്കലെന്നൊരു സാധനം ഉണ്ടല്ലോ അതിനുടേത് മുത്തസിഫുണ്ട് അത് മുൻകിൻ ആണ് എന്നുള്ള മുത്തസിഫുണ്ട് മിൻഹായിട്ടു അന്നൽ ഇന്നൽ അസീ എന്നുള്ള നിലക്ക് ഏതാ അസറഫീതാണ് അക്കലി അക്കല്വു അതിൽ തീട്ടുള്ളത് പല ഓഹു ലക്കലുണ്ട പോലും എന്നും പറയാൽ ഇല്ലത്തിനി അക്കൽ ഉണ്ടായിത്തീർന്ന ഇല്ലത്തോടുണ്ടായല്ലേ ആ അതുകൊണ്ട് അപ്പൊ ഹാദിത്തുല്ലി ദാത്തി ലേക്ക് നോക്കുമ്പോൾ ഹാദിത്താണ് കഥയും ഇല്ലത്തിലേക്ക് നോക്കിട്ട് കഥയും ആണ് എന്നൊന്നു സാധനത്തിനായി ഒന്ന് വാജ്യമിന് പോലാദ്യൊച്ചു പിന്നെ അക്കലവര് അക്കലവരിന് അക്കല് താനിയും പലത്തിൽ അനുണ്ടായി ിൽ ജത്തിൽ കൂല ഒന്നാമത്തെ ജാനാണല്ലോ അതിൽ നിന്നുണ്ടായി പലപ്പോഴും സാരി ഉണ്ടായി വാശപ്രകാരം പിറുസി എന്ന് വേവക്കപ്പെടുന്ന സാധനമാകുന്നു നീമാ കാര്യം അല്ലേ ആ അത് സരീരയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഗ്രന്ഥിക്കൊന്നും പറഞ്ഞ അതാണോ ഇക്കോളി ഹരീരയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ ഖുറാനില് അങ്ങനെയല്ലേ അല്ല പത്തീറ എന്ന് കുറാനില്ലേ ആ ഖുറാനല്ല അവർ ഇല്ലല്ല പത്തീറന്ന് ഓരോ പറഞ്ഞതല്ലേ അല്ല ഒന്നില്ല ഇല്ലത്തിന് വാചിപ്പ് അല്ലെ അത് പ്രകാരം അഖലു അതെ സാലിഫന്റെ വേണ്ടത് സാനി യിപ്പി താനി കഴിഞ്ഞല്ലോ ഒരു ആക്കലും സാലി ഉണ്ടായിത്തീർന്നു ഈ ആക്കുലും സാലിദാരാന്നറിയോ മുദബിറുക്കൽ ഫലക്കി താനി ഈ ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ ഫലക്കുണ്ടല്ലോ രണ്ടാമത്തെ ഫലക്കിന് ഇതാന്ന് മുദബിർ അക്കൊലും സാലിദ് ഒരു രണ്ടാമത്തെ ഫലക്കിനെ തത് ശരി സുമ്മൽ അക്കലർ താലിസ ഈ താലിസായ അക്കലെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ ഇതുപോലെ എറിണ എന്നാലേ എന്റെ കണ്ടീസനവും പട്ടിക നിങ്ങൾ വയ്യണ്ടാക്കും മുത്തസിഫും കൊണ്ട് മുത്തസിഫാണ് മിന്നറഫി ബദുൽ കുജോബി മിന്നു നിങ്ങൾക്ക് വന്നു താലിച്ച് വന്നു പലക്കും താളിച്ചു വന്ന് ഇതാണ് ചെറയിൽ സാബിയായ ഏഴാൻ ആകാശം എന്ന് പറഞ്ഞത് എന്ന് ഇവർ പറയുന്നു രണ്ടാമത്തെ ജയത്തേതാർ അച്ഛന് വാബിയെത്തിയ ആ മിനൽ ജിഹത്തിയ അത് മുജൂബല്ലേ പറഞ്ഞു അതിനാൽ മുജൂബ് എന്ന് പറയുമ്പോ അതിന് അതിനെ തുടർന്നിട്ട് ഇല്ലത്തിനാൽ ഉണ്ടായിത്തീരണല്ലോ ആക്കലൊരു മുതബിരു താളിക്കൽ പരക്കി സ്ഥാനിക്കാതെ പലക്കുസ്താളിത്തിന് പ്രതികൃതാക്കലാണ് ഓരോ ഡ്യൂട്ടി കൊടുക്കണം അങ്ങോട്ടേക്ക് ഓക്കഥ അങ്ങനെ തീരോളം പറഞ്ഞില്ല സമയത്തുഞ്ഞരെ ഇങ്ങനെ കൊണ്ട അപ്പൊ എണ്ണി നോക്കിയാ പത്തക്കാ മലത്തിൽ അഫലാക്കു അത്തൻ അഫലാകെ കമ്പിച്ച് ഒമ്പതെണ്ണെത്തും അപ്പോലോ പത്ത് ഉണ്ടാവും ിയന്ത്രിക്കാനില്ല ഒന്നി ആക്സിണ്ടാവും അഷറത് ഇതാണ് എപ്പോഴുള്ള അഷറത് എന്നൊക്കെ പറയുന്നത് വയസ്സം മൂന്നൽ അക്കി മുതലീ പഴക്കിൽ കമരി പഴക്കുൽ കമർന്ന് തദീറാക്കുന്ന ഒരു ലാസ്റ്റ് ഒരു ആക്സിഡന്റ് നമ്മൾ ഈ എണ്ണ പ്രകാരം പത്താമത്തെ അങ്ങനത്തെ എണ്ണി എണ്ണ പ്രകാരം പത്താമത്തെ ലാസ്റ്റത്തെ സമാധ്ഞൽ കമർന്നുള്ള സമാധ്ഞ്ഞി ഇങ്ങോട്ട് കാണുന്നത് അതിനാണ് അഖറിൽ ഫയ്യോൾ പേരുണ്ട് ഒരു ഫയ്യോ കോറാന്ന് കോരണ്ടാക്കുന്നത് ഇഫാള ചെയ്യുന്നത് അലാമാ ഫലത്തിന് കമറും കമറിന്റെ താഴെയുള്ള ഫലത്തിൽ തമറിന്റെ താഴെയുള്ള ഭൂമിയിൽ പല വസ്തുക്കളില്ലേ എന്തല്ലോ ഹയവാനാത്തിൻറെ അൻവാണ്ട് നവാതാത്ത് ഉണ്ട് മഹാദിനുണ്ട് അത് ശരി ഭൂമി നില കളിച്ചെടുക്കുന്ന ധനികൾ ആ ഇങ്ങനെ പലതിനും ഇതെല്ലാം ലൈഫാളായിട്ട് കൊടുക്കുന്നതാണ് പലപ്പോൾ കമറിന്റെ മൂത്ര ഈ പറഞ്ഞിടത്തോളം ലഹർ കൗലഹിൻ അവർ പറഞ്ഞ വധു മനസ്സിലായി എന്താ പറഞ്ഞത് ഇന്നൽക്ക ആദിതത്വം ബിദാസ് അധീമത്വം ബിസമാൻ എന്ന് പറഞ്ഞതിന്റെ പുരളി പറഞ്ഞു മനസ്സിലായി حادثت بالضعطة آيالي اندارتم غيرا تأثيرون ده أنو عينك قديمت بالضمان أنو ورناء قادم صابقاء يتشوي الله طريق للت القولي لندان على أفردنا اللي وأنه لا أول لها أن شلر ورنجل اندار من أنت إبارتت حادثت بالضعطان أنو قديمت بالضمان أنو شلر ورنجل حادثت بالضعطة آيالي ഇല്ല ഇല്ലത്തിനോട് താപ്യായിക്കൊണ്ടിട്ടു ഇതുകൊണ്ട് അന്നൽ മാലൂര യുക്കാലം ഇല്ലത്തമൂന്നാണ് കാനൂന് മാലൂരായ സാധനം ഇല്ലത്തിനോട് മുക്കാലനായിട്ട് വരണം പിരിയാൻ പാടില്ല എന്നാ എന്താ ഈ അറക്ക ഇതല്ല ഇല്ലത്ത് ഇതിന്റെ അർക്കത്തല്ല മാലൂര് അപ്പൊ ഇതിന്റെ അർക്കത്തും ഇതിന്റെ അറക്കത്തും തമ്മിൽ പിരിയാൻ പാടില്ല എന്നാണ് നമുക്ക് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ആഴ്ച അവിഷയത്തിൽ അല്ലുക്കോൽ ഒക്കൂലുകളും ആവശ്യത്തിൽ അതുപോലെ തന്നെയാണ് മുമ്പ് മുൻകഴിഞ്ഞ മുൻകഴിഞ്ഞ ഓരോന്ന് സാധിക്കല്ലായുക്കിനില്ല കൈക്കൊണ്ടിരുന്നുണ്ടല്ലോ അതുപോലെ വേണം വസായിനുള്ള അൻവായ് അപ്പോ ഒക്കൂലും വസായിനുള്ള അൻവായനാൽ ഹേമാനാത്തി വന്ന ബാത്താർത്തി വൽമഹാദിനാണല്ലോ ഈ ഫലത്തിൽ കമ്മന്ന് താഴെയുണ്ടത് അത് അപ്രകാരാകണം ഇനി ഞാനോറ് പറയുന്നു എന്നാ പിന്ന കുറച്ചുകൊല്ലം മുമ്പ് ഇല്ലാണ്ടായിട്ട് ഇപ്പൊ ഉണ്ടായിട്ട് കാണുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ അപ്രാദികൾ ഒന്നാവും വമ്മ അപ്രാധ അൻവായി ഈ പറയപ്പെട്ട അൻവായി അപ്രാദികൾ ഉണ്ടാവും അൻവാ ആണിപ്പം കറിയുമെന്ന് പറഞ്ഞത് അത് പറഞ്ഞ ഹാജിസത്വം അത് ഹാജിസത്താണ് ദാത്തൻ ഹാജിസത്വം ബിദാത്തുമാണ് വസമാനൻ ഹാജിസത്വം ബിസമാനുമാണ് അപ്രാദുകൾ ഇന്തഹ ഓറെ പറഞ്ഞോടത്തോളം ആടെ തൽക്കാലം തീർന്ന് enna va madhhab ahlu sunnatinte madhhab annal qadim huwa al qadim bi ddat qadim qadim bi ddat ay ott chenullu la ghayru adhaaranu wa huwa allah ta'ala wa sifatuhu ad mudawari aadithu huwa al hadith bi ddat hadithun bi ddat maatrame ullu la ghayru mattonnilla wa huwa adha da ma asma billahi ta'ala idu وما قال أنبه فلاصفة بردده وما قالته الفلاصفة أعوهام وخيالات وكفر فعنه إذا كانت أعلم خيالات غلانة هذا الإسلامي يجب على ما يقوله كفريت من أباكينا نكيل دلين الله أعوهام وخيالات آياء الأخرياء آياء كلها مضو صعدام الشكر للي وهمنا كبرين لليه യക്കീൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇസ്ബാത്ത് ആണെങ്കിൽ ഇസ്ബാത്ത് നഫി ആണെങ്കിൽ നഫി ആ സാധനത്തിൽ രണ്ടാമത്തെ വശമുണ്ടാവില്ല അത് തന്നെ ശക്കാൻ അവസരത്തിൽ ആണെന്നും അല്ലെന്നും ആണെന്നും അല്ലെന്നും ഇങ്ങനെ ഹിസ്റ്റി ഹിസ്റ്റിയായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും ഒരു തവണ ആണ് ഒരു തവണ അല്ല ആണ് അല്ല ആണ് അല്ല തുല്യം വഹിച്ചു ആണ് എന്നതിന്റെയോ അല്ല എന്നതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുൻതൂക്കം വന്നാൽ ആ തൂക്കം കൂടിയ ഭാഗം താങ്ങും തന്നെയാണ് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പുറം കുറയും ഈ കൊറന്നതിന്റെ വകുപ്പും പേരായി അങ്ങനെ ഉണ്ടായേ ഇവിടെ ഹൈക്കത്തു ശക്തി അത്തറദു ഇസ്ബാത്തിന്റെയും നഫിയുടെയും രണ്ട് തറഫ് തന്നെ ഉള്ളത് ആ രണ്ട് തെറഫിനും തറദുതാണ് ഇങ്ങനെ ഇവിടെയും പോന്ന് ഇവിടെയും പോന്നു ഇതാണ് പറഞ്ഞാൽ എവിടെയും പോയി എവിടെയും പോയിന്നല്ലേ മനസ്സ് രണ്ടു വയ്ക്കും അരസവാ തുല്യമായി റുജുനില്ലാന്ന് വമുറാദുഹു ബിഹൈ ഇബദ ഷക്കി ലാൻദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം യഖീൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നൂ ഇല്ല വഹ്മൂ ഇല്ല മിൻ ഗൈരി ഷക്കിന്ന മാ ഇത് വക്കും നിങ്ങണ്ടക്കണ്ട അലസവാ ആയ ദർഫു ദർദു ഇല്ല എന്ന അർത്ഥത്തിലല്ല റാജിഹായന്നൂ ഇല്ല മർജുവായ വഹ്മൂ ഇല്ല ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒട്ടൊന്നേ ഉള്ളൂന്ന് തിഞ്ഞാ ാണ് എങ്ങനെ തറുത് ലെന്നിനെ ഉൾക്കൊള്ളിക്കുന്നതാണ് ലെന്നിന്റെ ആടിയുടെ തറുത്തത് പക്ഷെ ലെന്നിന്റെ ഭാഗത്ത് എന്താക്കും ഒരു ഭാഗം മുൻതൂക്കം കൂടിയിട്ടുണ്ട് മറുവശം വഹുബി കുറഞ്ഞിട്ടുണ്ടെന്നില്ല എന്നാലും തറവ് അതാണ് ലന്ന റാജാ തറഫ് ിപ്പ ശാമിനി ലന്നിനോടെ ബഹുമിനെ ഉൾക്കൊള്ളിക്കും അത് ബഹുവൽ മറുജു അതാണ് മറുജു ഹായ ഉറപ്പ് അപ്പം ഇന്നതായാലും ശക്തി എന്ന് പറഞ്ഞുണ്ടായി ശക്കു ഇല്ല ലന്നു ഇല്ല ബഹുമില്ല രീതിയിൽ ഉറപ്പാണ് അത് ആദിതാണ് എന്നതിന്റെ മറുവശത്ത് നമുക്ക് ശക്കൂ ഇല്ല എങ്ങനെ ഹതിമാണ് എന്നുള്ളൊരു ശെക്കുണ്ടാവൂല്ലോ സവാദായ അല്ല ആരിസാണ് എന്നുള്ള ഒരു ലന്യു വന്ന് അപ്പം കടിയുമാണോ വർമ്മപ്പുറം ഉണ്ടല്ലോ അതുമില്ല മനസ്സിലത്തുശക്ക് എന്ന് പറഞ്ഞാൽ ഐ അസലുമായു അതിന്റെ അസലുമാന ഷക്ക എന്ന് പറഞ്ഞാൽ വക്കാ മുറാദവും ഈ ഊന എന്ന് പറഞ്ഞാൽ ഈ കദീനത്തിൽ മക്കാം എന്ന് ഇവിടെ പറയാൻ കാരണം ചക്കുണ്ട് ഇല്ലാന്ന് പറയുന്ന അർത്ഥം ലന്നോ ബഹുമോ ഉണ്ട് എന്ന അർത്ഥത്തിനെല്ലാം ലന്നോ വൻ വഹ കാരണം ലന്നും ബഹുമും ജമുറാനിഫിയിൽ അഖീദത്തി അക്കീദയിൽ അന്ന് നിറവുണ്ടാക്കുന്നതാണല്ലോ ഇതിൽ അഖീലിന്റെ കാര്യം ലാലം ആദിതാണ് അഖീലിന്റെ വിഷയാണ് അപ്പൊ അവിടെ യക്കീൻ തന്നെ വേണോ തദ്നെ പോലെ തന്നെ ലന്നോ ബഹുമോ ഉണ്ടായി പോയാലും എന്തുണ്ടാകും തറാറ ആലം ഹാരിസ് ആണ് എന്ന് വിശ്വസിപ്പ വിശ്വസിക്കുന്നതിനോടൊപ്പം വിശ്വാസമുള്ള എണ്ണയായിട്ടുള്ളൂ ആ പറഞ്ഞ മറുപടിന്റെ കദീമാണ് ബഹുമുണ്ടാവും ആ ബഹുമുള്ള ഒറവുണ്ടാക്കൂന്ന് ഹാരിസ് ആണ് ഓനിക്ക് ശക്കാന്ന് എന്നാൽ ഒറവുണ്ടാക്കൂ ഹാരിസ് ആണ് എന്നുള്ളത് ബഹുമിലേ ഉള്ളൂ അപ്പൊ കഥീമാണെന്നുള്ള ലെൻ കൂടുതൽ എന്നാൽ അലോണം ബുദ്ധിമുട്ടാക്കി അപ്പൊ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന ഏതായിരിക്കും ഹാരിസ് ആ കതീമാണ് എന്നുള്ള ലെന്നാണ് കൂടുതൽ ബുദ്ധിമുട്ടാക്കരുത് യക്കീനോട് അടുത്തല്ലോ പിന്നെ ശെക്കൻ ബുദ്ധിമുട്ടാക്കരുത് പിന്നെ വഹു ആ ബുദ്ധിമുട്ടാക്കരുത് ഇതി ഭാഗത്ത് കലീമിന്റെ ഭാഗത്ത് തിരിച്ചു വച്ചോ ഹാദിഫിന്റെ ഭാഗത്ത് ആദിഫിന്റെ ഭാഗത്ത് എന്ത് വേണം ശക്കൻ ഇതെല്ലാം ബുദ്ധിമുട്ടാവുമല്ലോ കാരണം യക്കീമിന്റെ വേണമല്ലോ ഹാരിസ് ആണോട് ഈ ചെക്ക് വന്നാൽ മറു ചാടും അത് കദീമാണെന്ന് ചെക്ക് ഉണ്ട് അപ്പുറം തുല്യമായി ഹാരിസാണ് എന്നുള്ളതിന് എന്തേ ഉള്ളൂ എന്നേ ഉള്ളു അപ്പൊ കദീമാണല്ലോ പറഞ്ഞു അപ്പുറം വന്നല്ലേ ബുദ്ധിമുട്ടാക്കിന് പറഞ്ഞ നിന്നെ നിന്നലായപ്പോ കുട്ടി കിട ഇങ്ങും ബുദ്ധിക്ക് തന്നെ ഉണർവ് മുസ്തീറു എന്ന് പറഞ്ഞാൽ അർത്ഥം അത് സത്യോടെ എന്തിലേക്ക് പത്രൂടെ അദമി അദമിൽ നിന്ന് അതിനെതിലേക്ക് കൊണ്ടുവരുന്നൊരു മോചിത് വേണം അപ്പൊ അതും സാധിക്കായിട്ടുണ്ട് നമ്മൾ സമ്മതിച്ചു ഹാദിദുൻ എന്നതിന് പുറമെ രണ്ടാമത്തെ ഖബറാണത് അപ്പൊ ആലമിന് രണ്ട് പറഞ്ഞു ഒന്ന് ഹാദിത്താണ് അത് മോചിതിലേക്ക് ഉണ്ട് ഇത് കാരണം ലാദിമുനെ أولا لازمانا حادثانا إنو أرنا لندوانا أدما سابقا يتنب أدما سابقا يقول أدما إنو وجود الاجتية يرتبون لازم إليه إذن الحادث أولا إليه حادث من نورده إذن الحادث لا يكون إلا مستقلا حادثا إذا لا مستقلا امتداعا ودباما امتداعنا نتركت الدليم ودباما أدنى وجود مننا نيرتكال خلال وفي الحقيقتي യഥാർത്ഥത്തിൽ വിവാഹത്തിന് നേടിയാക്കാനാവുന്നിപ്പോൾ എത്തിജയിലേക്കാണ് ഇഷാർത് നോക്ക് ആദ്യം ഇവിടെ ശക്കിലുന്നു അതിന്റെ ക്യാസാണ് എന്താ ക്യാസ് അല്ലാസ് ഉണ്ടാകുന്ന അവസരത്തിൽ എന്തുവേണം ആദ്യ സുഹൃവാണം ഒരു കുബറ വേണം ഒരു നത്തീജ വേണം സുഹറ മൂപ്പറം ശരിയാക്കി പറഞ്ഞിട്ടുണ്ട് എവിടെ നോക്ക് ان هذا العالم حادث مستقر ان اب عالم حادث مستقر എന്നു اردണ്ടി അതാണ് സൂറ അസൂറ എന്ന് ആദ്യം പറയുന്ന ജംലക്കാണ് സൂറ എന്ന് പറയുന്നത് വതവ куബ്രഹു അതിനെ куബ്രനെ മൂബ്ര അവിടെ ചുരുട്ടി വെച്ചിട്ടുണ്ട് പോർത്തു പറഞ്ഞു തൂല്ലാണ് അнда куബ്ര വനമു ഹാകഴ ഇപ്രകാരം പറയും അൽ ആലമു ഹാദിതുൻ അത് ആദ്യം ഉണ്ടാക്കി മൂപ്പറ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് കുബറയിലേക്കുള്ള ഒരു തലവാചകം കൊടുത്തതാണ് മുസ്തഖിറുൺ അതു ഹാദിത്തിൻസ്തൺ ഇതാ മുഹദിത്തിൻ എന്നുള്ളതാണ് കുബ്ര ആ കുബ്രയിലേക്ക് മൂപ്പർ സൂചിപ്പിച്ചെങ്ങനെ മുസ്തഖിർന്ന് അടച്ച വാർത്ത പറഞ്ഞ് മതിയാക്കി അത് കുബറക്ക് മുറിയും മതിയായി ഉറങ്ങരുത് ഓർമ്മിന് പെട്ടെന്ന് എടുക്കണം അപ്പൊയോയുന്ജു നത്തീജ എന്താ കിട്ടിയത് അൽ ആലമുസ്തീന്ന് കിട്ടി അൽ ആലമു മുസ്തോൺസിംഗ് എന്ന നത്തീജ കിട്ടിയത് ആ നത്തീജയിലേക്ക് അപ്പൊ കൊണ്ടുപോകുന്നത് അന്നും ചോദിക്കുന്നു നിങ്ങൾ രണ്ടെണ്ണത്തിന് ഇപ്പൊ തെളിവ് വരണോ അതല്ലോ ആലമ ഹാദിസാണ് എന്നതിന്നും ആദിസൻ ഇഷ്ടക്കാട് പോകണോന്നുള്ളതിൽ തെളിവ് വരണം വെറും ഇങ്ങനെ സുഹറ കുബുരത്തെ പറഞ്ഞ സുഗറക്കും തെളിവ് വരണോ കുബിറക്കും തെളിവ് വരണം നിങ്ങൾ എത്തീശക്ക് തെളിവുള്ളൂ സുഹറന്റെയും കുബുരന്റെയും തെളിവെന്താണോ അതാണ് നെത്തീച്ചക്ക് വാദിക്കുന്നു ഇനി അമ്മ ധരി കൗനിൽ ആലമി ഹാദിസൻ ആലമ ഹാദിസാണ് എന്ന് എന്നില്ല നിങ്ങൾ സുവറയ് സമർപ്പിച്ചത് അല്ലെ അതിന്റെ തെളിവ് പരിയന്നവോ കാറോ അതേ തകയൂർ നിലനിൽ കാണുന്നുണ്ട് അതുകൊണ്ടന്നെ തകയ്യൂർ നിലനിൽക്കുന്നു കാണുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് അതിന്റെ ബാലിന്റെ ആലമിന് മൊത്തം തകയൂർ എന്നല്ല ആലമിനുള്ള ആറാളുകൾക്ക് ആ തകയ്യീറുള്ളത് ജവാഹിന്റെ തകയൂർ ഇപ്പോൾ കാണുന്നില്ല അപ്പോ അയാറിന്റെ തകയ്യുള്ളൂ ബാലിനി അപ്പൊ ഈ ആരാളിന്റെ തകയ്യുടെ കാരണത്താൽ മാറോമിന്റെ തകയ്യൂർ മുരൂസ് ഉണ്ട് എന്നായിരുന്നു അതുകൊണ്ട് ഹാരിസിന്റെ ഇങ്ങനെ മാറി മാറി കബൂർ ചെയ്യുന്ന സാധനങ്ങൾ ഹാരിസിനെ ആകാൻ പാടുന്നു അതാണ് എത്തി ബാരി ബാലി ആലമിന്റെ ബാലിന്റെ എത്തിപ്പാറി ആരാളുകൾക്ക് ആ തകയ്യീറുള്ളത് ആ തകയ്യോ തകയ്യൂർ അതിനെ മുടികൂടിയതായി കാണുന്നുണ്ട് എന്താ തകയ്യോ മിൻ അത് ഇലാൻ അതുമാണ് സാബിക് അത് ഗുരുദിലേക്കും വരുന്നു അതിലേക്കും വരുന്നു മുഷാഹത കൊണ്ട് തന്നെ കാണാവുന്നതുണ്ട് അവൻ ലറൂരി ഉണ്ട് നർത്തം ലറൂരിയുണ്ട് നെതിരിയുണ്ട് ലെറൂരി ഉള്ളതാ പറയുന്നത് ബിൻ മുഷാഹത്തി കൽ അറക്കത്തിബാതോ സുക്കൂന് ശേഷം അറക്കത്തിണ്ടാകുന്നു വന്നോ ഇബാതം ഗുൽമത്തി ഇരുട്ടിന് ശേഷം വെളിച്ചമുണ്ടാകുന്നു ിമാകൽ ബയാദന് ശേഷം സവാദ് വൻ ഹറാറത്തിൽ മറ്റൊന്ന് ദലിയിൽ കൂടിയാണ് അതിനവരെ നെതിരിയുണ്ട് തടയറ് ലഹൂരിയുണ്ട് നെതിരിയുണ്ട് ലോറിക്കലിപ്പി മിസാദി പറഞ്ഞത് എനിക്ക് കൊണ്ട് കിട്ടണം എന്ന തടങ്ങിയിട്ടുണ്ടെന്നല്ലേ പറയുന്നു അപ്പൊ ലോരിയല്ലോ അന്നൂഹിതൻ അത് ഹാദി കാണും എന്ന് പറയാനുള്ള കാരണം എന്താന്ന് പലി അന്ന ഹോ കാമി പാളുണ്ടെങ്കിൽ ണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഹരിഫാണ് എന്ന് പറഞ്ഞത് എല്ലാത്തിലുണ്ട് തവഞ്ഞൂറ് അതില്ലേറ്റി ബാലി ബാലിഹിയ ആലമിന്റെ ബാലിന തവചർ ബാലദ ആറാള് തവഞ്ഞൂറുണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ജവാഹരെ തളയറും ബാധിക്കുന്ന എങ്ങനെയാണ് ഈ ആരാളുകൾ തളയിറാകുന്ന ആരാളുകളുടേ സാധനവും ഹതിട്ടവണമെന്നാണ് അയാളുകൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് നിൽക്കുന്ന ആരാളുകൾ ജവാഹർ ഹാജി കാനെ വെച്ചുള്ളൂ ആ സാധനം പിന്നീട് മോജൂദാകുന്നുണ്ട് പിന്നമിൻ മുജൂദിൻ ഇലഅമിൻ മുജൂദിൽ നിന്ന് അടമിലേക്കും തകയറുണ്ട് അത് ഈ തകീർ ഇമ്മാൻ മുഷാഹദത്തി കണ്ണുകൊണ്ട് താഴ്ച അനുഭവത്തിൽ തന്നെ ഉണ്ടെന്ന് അതായത് അത് വകീഹിയാണ് പറയും നനതി വള പറയും ഉദാഹരണം കൽ ഹറക്കത്തി ബാധ സുഖൂൻ സുക്കൂറിന് ശേഷം ഹറക്കത്ത് പുതുതായി ഉണ്ടാകുന്നുണ്ട് അറക്കത്ത് ആരിലാണല്ലോ കരളന്നു വൻ ലവ് ഈ വാദം ഇരുട്ടിന് ശേഷം വെളിച്ചമുണ്ട് മാതൽ മയാദി വെളുപ്പിന് ശേഷം കറുപ്പ് കാണുന്നുണ്ട് തണുത്തതിന് ശേഷം ചൂടുണ്ടാവുന്നുണ്ട് ഇതാലിക്കാം അങ്ങനെ പലതുണ്ട് കണ്ടാൽ വൽ സുക്കുവിന് ശേഷം ഹറക്കത്തുന്നതിനു ശേഷം ഹറക്കത്തിന് ശേഷം സുക്കുണ്ട് പിന്നെ ലവ് എന്ന ശേഷം നെൽമസ് സവാദ്ശേഷം മയാന്ന് അങ്ങനെ ചുറ്റുപിടിച്ചോ രാധ ഇമ്മാ ബിൻ മുഷാഹ ടീന്നു പറയുന്നു അത് വളരെ ഉറുപ്പത്തി കാണുന്നുണ്ട് ദലീൽ മറ്റൊന്നോ ദലീൽ കൂടി അതായത് നെലരിയുണ്ട് നെലരിയുണ്ട് ബദീനിയുണ്ട് അപ്പൊ അതാലിക്കാം അതെന്താ ദലീലാ ിഹു അലബവാമിബിസു തലുൽ ഇതൊന്നാമത്തെ മുഖ്യമെന്ന് അന്നമ ഒരു ശൈല ഷൂഹിത സുഖോനുഹോ അതിന്റെ സുഖവും നമുക്കിവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട് മസാല സുഖം അനുഭവം അല്ലെ വെളുപ്പുണ്ടോ അല്ലെങ്കിൽ തറുപ്പുണ്ടിക്കോ എന്തായിക്കോട്ടെ സുഖം തന്നെ വിസാരണീന്നെ ഉള്ളു ി കാലാകാല സുഖൂനായ ഒരു സാധനം ഉദാഹരണത്തിന് കഞ്ചി ബാലി പർവ്വതങ്ങളെപ്പോലെ അറക്കത്തു അല്ലെങ്കിൽ ഹറക്കത്ത് കുറെ കാലം വാങ്ങി നമുക്ക് സാഹിതമായിട്ട് കാണുന്നു ഡവാ മഴച്ചി കവാക്കി പോലെ അതെപ്പോ അല്ലെങ്കിൽ വെള്ള കോഴിമുട്ട പോലെ ഒന്നിക്കും കോഴിമുട്ട വെള്ളിയാണ് ഡവാ മഴച്ചി കാണുന്നു അല്ലെങ്കിൽ പാല് വെള്ളിയാണ് അല്ലെങ്കിൽ കാക്ക കറുത്തതാണ് പോലെ ഒന്നും പറയാം ആ സാധനം മുഴുവനും ലഹുലിന്റെ അക്കസു ഇപ്പോ ഉള്ള നേരെ അക്കസ് സുബൂത്താവൽ ജായിസ് ഇങ്ങനെ ഇപ്പം സുഖൂനായുള്ള സാധനത്തിന് അറക്കത്തുണ്ടാവാം ഇപ്പോൾ മുത്തായ സാധനത്തിന് സുഖൂനും ഉണ്ടാവാം അത് എന്തിന്റെ ഖബറ് ലി അന്നു പറഞ്ഞ അന്നാന്റെ ജാസ അയ്യസുബുത്ത് ലഹുലിന്റെ അക്കസു ൂട്ടാവാമല്ലോ എന്നുള്ളതിനുള്ള വെല്ലാ പറയുന്നു കാര്യം ഇത് ലാ പർക്ക ബൈനോ ജുർമിൻ മൊ ജുർമിൻ ഒരു ജുർമിന്റെയും മറ്റൊരു ജൊർമിന്റെയും അവിടെ ഒരു വ്യത്യാസം ഇല്ല എന്റെ വിഷയത്തിൽ ഇവിടെ രണ്ട് ജൊർമാൻ നമ്മളെ മിസാലിലുള്ളത് ഒന്ന് ജിബാലാണ് ഒന്ന് കവാക്കിബന് കവാക്യ പിന്നിന് അറക്കത്തുണ്ടാവൽ ആ അതേ കവാക്കി പിന്നെന്താക്കാം സുക്കൂൻ ഉണ്ടാവുന്നതിന് വിരോധമില്ല ഇതുപോലെ ജിബാലിന് സുക്കൂൻ ഉണ്ടായതുപോലെ വാലും അസ്സാം ജിമാലിന്റെ ഇപ്പൊ സുക്കൂന വാങ്ങുന്നത് അതിന്റെ ഒക്കെ വാക്യുമെന്റും പോലെ ഹർക്കത്ത് ഉണ്ടാകും വിചാരില്ല ജർമ്മിന്റെയും ജർമ്മനിന്റെയും അടിയിൽ വ്യത്യാസങ്ങളില്ലാതെ മീഷിയും അതല്ലേ അപ്പം ആദ്യമുള്ള എന്താണോ അതിപ്പോ പോകുന്നതിപ്പം വന്നത് അക്സോണ്ട് മുപ്പസി ആദ്യത്തെ സാധനം പോകുന്നു അപ്പം അതുമുഖ അതിന്റെ അതുവുരാതായി കഴിഞ്ഞാൽ ഇസ്തഹായ അത് ഹിതമ് മുസ്തഹിദാണെന്ന് ഒന്നിരുന്നു അത് പുതുതത്വം അദമ് ജാഹിദായാൽ പിന്നെ കിതമ് മുസ്തഹിദി അതമും കിതമും കൂടെ ഒക്കൂല ഹിതമുള്ള സാധനത്തിന് അതമുണ്ടാവൂല അതമുള്ള സാധനത്തിന് ഹിതമുണ്ടാവൂല അത് രണ്ട് യോജിക്കൂലൂ ഹാദി സത്വൻ അപ്പോൾ ഈ സാധനം എന്തായി ഹിതമു മുസ്തഹീദാകുമ്പോൾ സാധന ഹാദിസൈ وحن نقول لهم حدوثاً لهم قدمين داري لواسطة إلا لذلك جائلا إذا ما مستحيله إكي لنها حدوثاً لازم آلنا ندعنا حدوثاً لهم قدمين داري لواسطة إلا نها حادثاً لهم قديم قديم لهم الحادثة قهين إذن إيا وسرطن جميع العراب حادثة إن الله ترى نمكورتين عرال جمع لك حادثة അപ്പൊ ആറാണ്ട് ഹാദിഫായതുകൊണ്ട് ജവാഹിറിന്റെ ഹെക്കം എങ്ങനെ കിട്ടിയെന്നായിരിക്കുന്നു ജവാഹിർ ഹാദി ഖാന്തിട്ടില്ല അപ്പർ മുഴുവനും ഹാദി ഖാൻ പറഞ്ഞു വെച്ചത് എന്നിട്ട് ജവാഹിർ ഇന്റെ പറ്റി മുണ്ടാടണ്ട് ആരാളുകൾ മാത്രം ഹാജിഖാന് പറഞ്ഞോണ്ടാ അപ്പൊ ആയറാൾ ഹാദിക് ആയതുകൊണ്ട് ജവാഹിർ ഹാജിഖാന്ത് കിട്ടുമോ അതാണ് പറയുന്നത് ൾ മുഴുവഴുവനും ഹാ ലാജിമാകുന്നത് ഹൃദോ ജമിഅൽ ജിറമുകളും ജവാഹീദുകൾ കംപ്ലീറ്റ് ഹാദിസാകും എന്ന് കിട്ടും എന്തുകൊണ്ടാണ് ഇല്ലേ അത് മിൻസിൽ ഹാദി സത്തി ഹാദിസായ ആറാളുകളെ തൊട്ടിട്ട് ഏത് ഒഴിഞ്ഞു നിക്കുന്നില്ല അജ്റാമുകളും ജവാഹീദുകളും ഒഴിഞ്ഞു നിൽക്കൂല എന്നതാണ് ചൂണ്ടിച്ചു അത് കണ്ട രാജമാന്യൻ അപ്പൊ അപ്പൊ അതാണ് അതിന്റെ സുഹറ സൂഹി ഷുണ്ടാക്കുന്ന സമയത്ത് ഒന്നാമത്തെ ജിംലക്കല്ലേ പറ രണ്ടാമത്തെ കുബ്രാവിന്റെ ആദിദിനൊഴിഞ്ഞു നിൽക്കാത്ത ഏത് വസ്തുവും അത് ഏതിനു സംബന്ധിച്ചത് അജിറാം ജവാഹിറും അതു ഹാദിഫാണ് അപ്പൊ ആറാം വാസത്തിയായി കൊണ്ടിട്ട് എന്ത് കിട്ടി ജവാഹിറും ഹാദിസാണ് നമുക്ക് വിടുത്തം കിട്ടിയത് അപ്പൊ ജമിയല്ല അപ്പൊ നമുക്ക് മുഴുവനും അതാണ് ആദ്യം ബൂത്താക്കിയത് പിന്നെ ജവാഹിർ പിന്നെ ജവാഹിറും എല്ലാം ഹാദിഫുൻ എന്നിവൻ അപ്പൊ ജമി എൻ ഹാജിസാണ് അടത്തിലേക്ക് എത്തിത്തുറന്നു ഏത് ആദ്യത്ത് ഏത് മാനാക്ക് ഐ മോജൂദും ആദ്യം ഉണ്ടാവാതെ നിന്നും ഒഴിതായത് അപ്പൊ അതും സാധ്യതയിട്ടുണ്ട് അത് അങ്ങനെ കൈ കൊടുക്കുന്നു ഫത്സപ്പക്കാറും പറയല്ല ആദിത്താണ് എന്നെടുക്കും എല്ലത്തുകൊണ്ട് മറ്റൊരു അച്ഛര കൊണ്ട് ഉണ്ടായിത്തീർന്ന് എന്ന മാനാക്ക് ആദിത്ത നൂറും പറയുന്നില്ല അതോടൊപ്പം കഴിയുന്നതാണ് ആ ആ വാദത്തിൽ നിന്ന് അപ്പൊ അവരെ മാതിരി സാദൃശ്യം രണ്ടാന്ന് വെച്ചിട്ടാണ് മുമർന്താക്കി മോജോദും ബാല അല്ലം യുക്കും ആരും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണ്ടായിത്തീർന്നതും അപ്പൊ അതിന് സാധ്യത എന്താണ് കുബ്രണ്ട് അല്ല ഇത് മുഴുവനും ഹാദിസാണ് പറഞ്ഞു ഹാജിസായ സാധനത്തിന് ആരുവേണം ഒരു മൊഹജി വേണം എന്ന് മുസ്തഖിറാണ് തടയറും മുഖേന ഹാജിദാൻ മുഖ്യമുട്ടാക്കി ആദിസ്ഥാണ് ആദിത്തിന്റെ കാരണം എന്താ പറയുന്നത് കവയുറാണ് ആദിസ്ഥായ സാധനത്തിന് അരുമിൽ നിന്ന് ഉണ്ടാക്കി ചേർത്ത വെച്ചരിലേക്ക് ആവശ്യമുണ്ട് എന്നതാണ് നേരത്തെ പറഞ്ഞ മൂപ്പുറ മറച്ചു വെച്ച കുബറുണ്ട് എന്ന് കൊണ്ടു വെച്ചില്ലേ കുബുറാഹു നോക്കും അൽമിസുൻ ആദിത്തിന്റെ തെളിവുറുണ്ട് നമ്മളെ കുബറ അതിന്റെ നിലയിൽ പറയാൻ പോകുന്നു ഇമാർത്തിന് പോകാൻ ശ്രമിക്കുന്നില്ല എന്നാൽ പരാതിക്കാറുണ്ട് എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എങ്ങനത്തെ മോജിത് യോജിതോ അത് പരി അന്നകോൻ അതു ഈ ആലമുണ്ടല്ലോ അത് മുഴുവനും ഒരു പണിത്തരം ഒരു പണിക്കാരൻ ഉണ്ടാക്കിയ പണിത്തരം എങ്ങട്ടത് ബദീ അച്കർഷകമായ കൗതുകകരമായത് അല്ല അതായത് കൊണ്ടുള്ള മഹത്തമൊത്തക്കോൻ ഈച്ചക്കോൻ എന്നുവച്ചാൽ അതിനുള്ള പണി പ്രവർത്തനം അതിന് മെച്ചപ്പെടുത്തലും വളരെ മുഴക്കമാണ് എങ്ങനെയെങ്കിലും അലവലായിട്ടുണ്ടാക്കിയതല്ല അപ്പൊ അത് അതാണ് ഇത് ഒന്നാമത്തെ മുക്കത്തിന ആ ഇത് ശക്കുലപ്പിന്റെ സോറേണത് വക്കുല്ലുമാക്കാണ് കലാലിക്കൂ സാനി ബദിഅറ്റും മഹക്കും ഒട്ടും ലിച്ചക്കാലുമായ ഒരു പരിസരത്തിന് ഒരു സാനിയ കൂടേണ്ട കഴിയൂല അലവരെയാലും പേണം സാനിയും പക്ഷെ നമുക്ക് ഇടാം എന്തായാലും വേണം പക്ഷെ ഇല്ല നമുക്ക് വാക്കി കപ്പിക്കുന്നു ഇതുവരെ അലവരല്ല ഇത് ലൗലം ഞക്കുല്ല അപ്പൊ ഫലഭൂസ്വാണി കുബ്ര ഇന്റെ കുബ്രക്കിടന്റെ കഥാലിക്ക് ഫലഭൂസ്വാണി എന്ന സക്കിതഫന കുബ്രയത് അതിന്റെ കാലയിലാണ് ഇത് ലൗലം ഞക്കുല്ലഭൂസ്വാണി ഉൻസാനി ഇല്ലാന്ന് വെക്ക അതല്ല അറിയില്ല ഇല്ലെങ്കിലുണ്ടാകും ഇല്ല സീമ ശരിക്കും അധിക കൊണ്ട പോകുന്നുണ്ട് ലവലം ഞെക്കും മുഖം താലി അടങ്ങിയാ ലവലം മുക്കിമിനി അത് വില പിന്നെ സ്വന്തം ഉണ്ടായിരും അതാണ് താലി സ്വന്തം ഉണ്ടായി എന്ന് വെക്കാൻ ബ്രഹ്മഹാരം അപ്പൊ താലി വാത്തിൽ ആയപ്പോൾ മുക്കിലേ ராயினா உரு உரு மதானிஹு என்னும்து முக்கதமான சர்த்தியா அலதியல்ல லலசீமா அய்கூனா ஹதத பிநஃப்சீ என்னும்தனான தாலி அப்பால் தாலி பாதிலா சொந்த ஹாதீசாயின் அப்போ சொந்த ஹாதீசாய் என்னும் ஒக்கினானே ரெண்டாarkeட தாலி பாதிலாங்களன்றத காரணம ഇമാറത്തിന്റെ തെർത്തി മനസ്സിലാക്കണം താലി വാത്തി ലാകാറുണ്ടോ കാരണം തുല്യമായി നിൽക്കുന്ന രണ്ട് സാധനമുണ്ട് ഒന്നേറ്റ് കുറച്ച് ഇല്ലാതെ കണ്ട് സമാസമാക്കുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് തർജി ഹാവൽ ഇവിടെ പിന്നെ രണ്ട് സാധനം അയൽ വല്ലതുമ ഒന്ന് മുജൂദും മറ്റൊന്ന് അടുമ അത് രണ്ടും ഒന്നൊന്നിനേ തർജി ഹാവൽമാകും അലാ മുസാ മുസാമിയായ സാധനത്തിനത്തിനേക്കാൾ ദർജയാവാൻ ഒരു കാരണവില്ലാതെ സനസിംഹവനടക്കെ തുരാത്തിന്റെ തട്ട് വളരെ കറക്റ്റായിട്ട് ഇനി ഇങ്ങനെ വെച്ചു എന്റെ സൂചിക്ക് നേരെ ലെവലാ എന്നാൽ ഇതിന്റെ ഒരു തട്ട് താകണം എങ്കിൽ എന്ത് കാരണം കൊടുക്കണം ഒന്നെങ്കിൽ ഒരു തട്ടി തൂക്കം കൊടുക്കണം അല്ലെങ്കിൽ മറ്റേ തട്ടി തൂക്കം കൊടുക്കണം ഇത് രണ്ടും ഇല്ല നിൽക്കുന്ന അതോടൊപ്പം തന്നെ ഒരു തട്ട് താങ്ങുകയും ചെയ്തു എന്ന് പറയാനും ഭഗവ മൊഹാലുൻ അത് മൊഹാലാണ് ഇത് താഴി വാർത്തലാകാനുള്ള മഹാലാ അപ്പുറം ഉണ്ടാകുന്നത് ഈ ഭാഗത്തെ ധർത്തിക ഒപ്പം പോണം അപ്പൊ അത് മൊഹാല എന്തുകൊണ്ട് അതിന് കഴിയില്ലേ താഴി ബാത്തിലാവുണ്ടാകുന്നത് മൊഹാലാകളുടെ കാരണം എന്താൽ രണ്ട് നിദ് ഒരുമിച്ചുകൂടൽ ലാജ്യമാക്കിയിരുന്നുണ്ട് എന്താ രണ്ട് നിദ് അയനു മുസാബാത്തർജീഹ മുസാബാത്തും തർജീഹും ആദ്യ പറഞ്ഞത് മുസാഫിയാണെന്നും കാരണം കൂടാതെ തർജീഹ എന്നും പറയുന്നു മുസാബാത്താണെങ്കിൽ ദർജീ ഉണ്ടാവൂല തർജീഹാണെങ്കിൽ മുസാബാത്തും ഉണ്ടാവൂല പ്രതിപരവരുദ്ധിയല്ലേ അതെന്നിലാ മോർജി ഇല്ലാതെ കണ്ട് ഏതോടൊപ്പം ഇനി ഇത് മറ്റൊന്നും മറ്റൊരു കാരണം കൂടി എന്നതും രാജ്യമായി വരുന്നുണ്ട് സാധാരണ ദർജി ആവുകയാണെങ്കിൽ എന്താ വേണ്ടത് അക്തി ആവുകയും അത്അഫ് തോക്കുകയോ വേണ്ടത് നേരെ തീർച്ചയായിട്ടും അതെങ്കിലും അങ്ങനെ അതും ഈ സാധനത്തിലുള്ള അസലന്താ അതുമാണ് അതും എന്നുള്ളത് അക്മയാണ് വുജൂദിനേക്കാൾ വജൂദ് പിറകെ ഉണ്ടായതാ അത് മുന്നേലപ്പൊ അതെല്ലാം അസുഖ സ്വഭാവം അതല്ല ഇതാണ്ഹും ഹാദിറ്റാവാൻ ഇത് വ്യാഖ്യാനിക്കാനുള്ള ബുർഹാനി അത് ആദ്യം പറഞ്ഞു ആറാദ് ആറാദിനെ പിടിച്ചത് എന്താക്കി ആദ്യം ഹാദിറ്റാക്കി ആ ഹാജിറ്റായ ആരാൾ ഉൾക്കൊള്ളുന്ന ആറൂളാകുന്ന ജവാഹരുകൾ ഒന്ന് പിന്നെ വസ്തുക്കാനിഹി ലാ സാലിഹിനാണ് രണ്ടാമത് പറഞ്ഞത് അബീ പറഞ്ഞിടത്തോളം ഇതാണ് മഷുഹൂറായ തെളിവ് സാധാരണ മുറാനേ കൊണ്ട് എന്ന് ഇനി അതെയും വിട്ടിട്ട് നമുക്ക് പുതിയൊന്നുണ്ടാക്കാമെന്ന് ഓപ്പറഞ്ഞു നേരത്തെ എല്ലാവരും പറയുന്നു മഷഹൂർ വലക്കില്ലാണെന്ന് വേറെ തലക്ക് തെളി പിടിക്കാം അതെങ്ങനെ ആലമാണെന്ന് പറഞ്ഞു കൊണ്ടിട്ട് അൻപീപത്തൻ വ്യത്യസ്തങ്ങളായ അൻപറുണ്ട് ആകാശത്തിന്റെ സ്വഭാവമല്ല ഭൂമിക്ക് ഭൂമിയുടെ ഒരു ഭൂമിയുടെ സ്വഭാവമല്ല മറ്റൊരു ഭൂമിക്ക് ഒരു ഖണ്ഡത്തിന്റെ സ്വഭാവമല്ല മറ്റൊരു ഖണ്ഡത്തിന് വേണം ഒരു ചെടിയുടെ സ്വഭാവമല്ല മറ്റൊരു ചെടിക്കുള്ളത് ഇനി ഒരേ വർഗത്തിൽപ്പെട്ട ചെടിക്ക് തന്നെ മാങ്ങേനടുത്ത് വെച്ചാൽ പൊളിക്കുള്ളതുണ്ടാവും മരുള്ളതുണ്ടാവും ദുരിതങ്ങളായ മണമുള്ളതുണ്ട് സോപ്പ് ഉള്ളതുണ്ട് വെള്ളമുള്ളതുണ്ട് എന്തെല്ലാം ജാതി മുസ്തരിഫ എന്നീ അതിനാഭൻ മുത്തബായിനത്തൻ പരസ്പര വൈരുദ്ധ്യമായ അസനാഫുകളും കാണുന്നുണ്ട് ഇങ്ങനെയ് മധുരം അതുപോലെ തന്നെ അങ്ങനെ എഴുപുളി പക്ഷേ പക്ഷേ എഴുപുളി മുത്തബായിനല്ല അത് അതെന്ന് വേറെ ഇതെന്ന് വേറെ മധുരത്തിന്റെ അതിന് കയ്പെ കയ്പും നേരം ഇതെല്ലാം തന്നു രുചികള് തമ്മിലുള്ള എതിർപ്പുണ്ടല്ലോ അത് ഓരോന്നും വ്യത്യസ്തങ്ങളാണെന്നാ പറയുന്നു ഓഫീസിന്റെ ആയാസങ്ങൾ അതിലേക്ക് ഇഷാറത്താക്കുന്നുണ്ട് നമ്മൾ കാര്യം ബൈനത്തോണ്ടെ പിന്നെയായിരിക്കും പൊളിക്കാൻ കിടക്കല്ല അതെന്താണ് വ്യത്യസ്തങ്ങള് എന്നാണ് ആകാശം നക്ഷത്രങ്ങൾ പോലെ സുഭിനിയും ചിലത് ഭൂമി ഭൂമിയിലുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ വബഹദു നൂറാദിയം ചിലതു നൂറാടിയാണ് പ്രകാശിക്കുന്നതു വബഹദു ദുൽമാദിയം ചിലതു പ്രകാശമില്ലാത്തതാണ് ചിലതു ചൂറുള്ളതാണ് ചിലതു തടുക്കുള്ളതാണ് ചിലതു മുത്തഹദ്ദിക്കാണ് ചിലതു സാക്കിയാണ് ചിലതു ലതീഫാണ് പ്രകാശം പോലെ ചിലതു കസീഫാണ് വബഹദു സൂഹിത വുജൂദുഹു ബഅദാന മിഹി ചിലതു ആദമിൻ നിശേഷം അതിൻ വുജൂദ് നമുക്ക് അനുഭവപ്പെട്ടതാണ് പിന്നീട് അബമോബാദൂദിന് ശേഷം അതും കണ്ടെത്തിയത് അങ്ങനെയുണ്ട് ഇല്ലാതെ അങ്ങനെ ഒരു പാടുണ്ട് ആ ആദ്യം വജൂദ്ണ്ടായതിനു ശേഷം അതും കുറിച്ചും ഉണ്ടാവുന്നില്ല അത് മറ്റേ നേരത്തെ അക്സുനോദിയില്ല ഈ പറയപ്പെട്ട ലുകളിൽപ്പെട്ട ഓരോ നവറും ഉദാഹരണത്തിന്റെ എൽവി മാത്രം എടുത്തു ഇല്ല സുഖരി മാത്രം എടുത്തു നോക്കി ചൂടുള്ളത് മാത്രം എടുത്ത് നോക്കൂ അങ്ങനെ ഓരോ നോയിങ്ങൾക്ക് അത് മുഷ് തമ്മിലുണ്ട് അല്ല അസനാപ്പിൻ അതിന് ഓരോ വകഭേദങ്ങൾ വേറിയുണ്ട് ഓരോ നോയിങ്ങെടുത്താൽ ആ നോയിന്റെ സബ് ഡിവിഷനാണ് അതിന്റെ അസനാഫുകൾ അഫുറാദുകളുണ്ട് സിഫാത്തുകളും ആരിക്കും ശക്തിയില്ല ഒരാൾക്കും അല്ല ഹിസ ഇഹ അത് പറഞ്ഞു തീർക്കാൻ അത് സാധ്യമല്ല അപ്പൊ അപ്പൊ ഇതെല്ലാം കൂടി അറിയിച്ചിരിക്കുന്നു അഡാത്ത ഹക്കിമത്തോടെ ഒരു മുഹസിസിലേക്ക് ഇതെല്ലാം ആവശ്യമാണ് എന്നുള്ളത് മുഹസീസ് എന്നാൽ മുഹസിസ് ഇങ്ങനെയാവാം അങ്ങനെയാവാം ജായിദായ അതിന് ജായിദാകുന്ന പല കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളതിനെല്ലാം തള്ളിയിച്ചൊന്നുമില്ല അഹസീസാദ് ഇതൊരു മാങ്ങ ഈ മാങ്ങ പൊടിയുള്ളതാവാൻ അതിന്റെ സാധ്യതയുണ്ട് ഈ മധുരമുള്ളതാവാൻ സാധ്യതയുണ്ട് അപ്പൊ മധുരം എന്നതിനെ തള്ളിയിട്ട് എന്തുകൊണ്ട് പൊടിയുള്ളതായി അല്ലെ പൊടിനെ തള്ളിയിട്ട് എന്തുകൊണ്ട് മധുരമുള്ളതായി ഒരാൾക്ക് ആണാകാനും പെണ്ണാവാൻ രണ്ടിനും മുൻകിനാണല്ലോ അപ്പൊ ആണിനെയും പെട്ട് പെണ്ണായുകൊണ്ട് അതാ ടീസ് അതിന്റെ മേൽ പല കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെ മാത്രം എടുക്ക ബാക്കി തല്ല അത് പുതുറത്തോണ്ടറാദത്തോണ്ടാണല്ലോ ഖസീദാക്കുന്നത് ആറ് ആകട്ടാറ് ആരുടെ അനുസരിച്ച ജമാനി മത്താൻ സിദ്ധത്ത് മിസാർ എമാനായി നോക്കാനായി ചെറുപ്പത്തിട്ട് പിന്നെ ഒന്നുകൂടി അരിന്റെ അടിയിലൂടെ തസ്റ്റിച്ച് കൂട്ടിയാൽ ഏതെങ്കിലും ഒന്ന് വിളിച്ചാൽ കോട്ടതാറുണ്ടാവും അരുമാണിതിൽ നിന്നും നോക്കണ്ട മുഹത്തിൻ്റെ തെങ്ങിറ്റ് മുഹത്തിനാണ് ഹസ്ത പുല്ല ലോകിൻ അതാ ഓരോ ലോകിനെയും അവനാണ് തസ്തിക്കാരിച്ചത് ഇമാനിൽ ജാഹിയാലി ആ വസ്തുവിന്റെ മേൽ ജാഹിതായ ആ വസ്തുക്കൾക്ക് ജായികാവാനുള്ള പലതും പക്ഷെ അതിൽ നിന്നുള്ള പലതിനെ തള്ളിയിൽ ബലവിനെ മാത്രമേ കൊണ്ടാകട്ടുള്ളൂ അതുകൊണ്ട് അസീസായിട്ട് എല്ലാം കൂടെ അസീസ് അധികയില്ല എന്നെ പരസ്പരം വൈദ്യുതി ഒരു സാധനം ഹിന്ദു ആകണം നാളിയാകണം എന്നുള്ളത് ഹോനികോന ഹദീസൻ അക്കോന ഹദീസാകുംബാല അദമി നിശേഷം നന്ദുത്തി വ അൻ ഖാനികഹു മുക്താരൻ അദ നിശേഷിച്ചായ ഖാനിക മുക്താരാന അവടെ കിസ്തൻ സഞ്ചി പ്രോതികേണ്ടി ഇബുള്ളവാനാണ് എല്ലാ ഇല്ലത്തുൻ മദാ തബിയതുൻ അദൻ ഖാരിസേ അദല്ല ഇല്ലത്തോ തബിയതോ ഇല്ല ഇല്ലത്തോ തബിയതോ നാടാണ മച്ചോറവാ ഇല്ലത്തോ തബിയത്തോ ആയതി അദ ഇലൈനോ തരിയാൻ ഇജൂലാ അത് അത് ഒറ്റപ്പെ രാജാനൊരു ബുദ്ധി ഉണ്ടാവുള്ളൂ എനിക്കും കാരണം അതാണ് പ്രാർത്ഥിക്കാറ് ഇല്ലത്തുണ്ടും അപ്പൊ അസുഖത്തിൽ രണ്ടു വാദത്തോടാണ് ഒന്നില്ലത്തും ഒന്ന് കടീത്തുണ്ടായി അതെ പറഞ്ഞത് അതുകൊണ്ട് അതിന് മായൂര് ഇല്ലത്തി ഇല്ലത്തിന് ഒരു മായൂറ്റുവട്ടേ തന്റെ കയ്യിലിന്റെ അർത്ഥത്താണ് ഇല്ല എന്റെ ബോധന മരുന്നാൽ അപ്പൊ മായൂരിലാണ് ആ ടക്കം അപ്പൊ മസുപോ ഇണ്ടെത്തി അതുപോലെ മസുപോലെ സമീയത്തി അത് തോന്നി സമീപത്തിന്റെ മസുപോയെ സമീപത്തിനാൽ ഉണ്ടായിട്ട് ഇതാണ് അതിന്റെ മസിപൂരെ പറഞ്ഞത് അത് ഞാൻ വ്യക്തം അത് വ്യത്യസ്തപ്പെടാൻ പാടില്ല എന്നാണ് എന്തെങ്കിലും ഒന്നും ഉണ്ടാവണോന്നല്ലാണ്ട് രീതി ഉണ്ടാകാൻ പാടില്ല ഒന്നങ്ങനെ ഒന്നും ഇങ്ങനെ കണ്ടു എപ്പോഴും അരാ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ തലക്കാരം സമ്മതിച്ചുകൊണ്ടിട്ട് ആനന്ദ ഇന്നീ ഹൽത്തില്ലെങ്കിൽ കുട്ടികൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും കലത്തിലുണ്ട് രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട് ഉരുൾ നൽബാ തന്നെ ഒരുപാട് ഉഷ്ഠങ്ങളുണ്ട് രണ്ടാമത്തൊരാഴ്ച അതിന്റെ ബാക്കിയല്ലാട്ട അത് വളരെ ആശയം അവനമിന്നു നോക്കി മഴക്കൂട്ടി ശ്രമാവാത്തി വന്നറങ്ങി ആകാശത്തിന്റെയും ഭൂമിയുടെയും മലക്കൂട്ട് ഭാഗ്യം മാത്രമല്ല അതിന്റെ ആഴത്തിലേക്ക് ചിന്തിക്കുന്നതിനെ പറ്റിയാ പറയും അതിന് ആഴത്തിലേക്കുള്ള ബോമിയാണ് ഇത് മലക്കൂട്ടെന്ന് പറയും മാത്രം അച്ചടിക്ക് കാണേണ്ട പദ്ധതികൾക്ക് മാത്രം ഈ ക്രിസ്ത്യത്തിന്റെ കഴിച്ചിട്ടില്ലാതെ നിലക്കൂട്ടുന്നു പറയാം അതിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറണമെന്ന് പറയും അതിന്റെ മലക്കൂട്ടെന്ന് ആ മലക്കൂത്തിന്റെ ഉള്ളിലേക്കോ ചിന്തിക്കുന്നില്ലായിരുന്നു അതുപോലെ നമ്മള കലക്കുള്ള അങ്ങനെ പല വസ്തുക്കളാരും ഒമ്പതാം വസ്തുക്കളായ പല പഠിച്ച കാര്യങ്ങളിലും ചില ഹൈദാധികൾ ആയാ ധാരാളം ആയാസുകൾ പറയാനുണ്ട് ഞങ്ങൾ അവരുടെ പഠിക്കില്ല ആ തന്റെ വസ്തുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ീ ഹൃദൂ എന്ന് പറഞ്ഞ അർത്ഥം എന്താ നേരത്തെ ഹാരിഫിന്റെ ഊപ്പർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൃദയ ചിഹ്നം ആയ മനസ്സിലാക്കണം എന്താണ് അതിവിന് ശേഷം ഒഴുതാവുക എന്നാണ് അതാ പശപ്പക്കാർക്ക് വിശേഷം പച്ചപ്പക്കാർ റെയിലിലേക്ക് എത്തിയാകുണ്ട് എന്ന മായന സുരൂസ് എന്ന് പറഞ്ഞു പറയും അതോടൊപ്പം കഥയുവാണെന്ന് പറഞ്ഞു ആ സുരൂസിന്റെ മായനല്ല കമ്മ കൊടുക്കുന്നത് മുരൂ ബാലം ആദ്യം ഇല്ലായ്മ സാധ്യത അതിന് ശേഷം ഉണ്ടായിത്തുന്നത് എന്നാണ് നമ്മൾ കഥ കൊടുക്കുന്നത് ും എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതവിന് ശേഷം അത് മൊഴി താപുക എന്നതാണ് അറിയത് പോയി കർഷകക്കാർ പറഞ്ഞ് വയറിലേക്കുള്ള മറ്റു മന്ദിട്ടിലേക്കുള്ള മനുഷ്യാജാണ് എന്നെല്ലാം ആനാജ് ആദ്യം അമ്മു സമ്മതിക്കുന്നു ആ അതുപോലെ ാണ് ഹൽ മു അതാണ് എന്ന് പറഞ്ഞു പറയുന്നത് എന്നതുകൊണ്ടല്ലേ ഒത്തപ്പെടുന്നത് അതുകൊണ്ട് ഉദ്ദേശം അന്ന ദ് ഹാദിസാണ് അതിന്റെ ഹുദി എന്ന് പറഞ്ഞത് ഇബാറപ്പുനൻ അതുമിന് ശേഷം അത് മുരൂദ് എന്നതിനുള്ള ഇബാറത്താണ് قُلِ اِلا قَنَاطٌ وَقَنَاطُ فَتَيْنَ يَدْعُونَ فَيُنْهَوْنَ عَنْهُ أَبَرَّ ذَهَبُوا إِلَى قِدَمِهِ قِدَمِهِ كَانَ رَبُّكُ وَمَا ذَلِكَ عَذَابٌ أَمْ أَذَلَّكَ الْكَوْنُ بِحُضُورِ مَاذِمُ اللَّهِ تَعَالَى اللَّهُ تَعَالَى لَأَتَذَلَّم حَادِثَانَ نَوْرَ سَمْدِقُونَدْ اي وَعِنَكْ لَأَبِ مَنِ الْحَتِيَاجِ الْأَبَرْ لَكِنْ لَأَبِ مَنِ الْحَتِيَاجِ إِلَ الْغَيْرِ റയലിലേക്കുള്ള ഹെട്ടിയാജന്റെ മാനാക്കല്ല അപ്പൊ ഈ രാത്തിന് ആരിക്കെതിലേക്ക് പറയുന്നു ചുരുക്കത്തിൽ ആനമിന് ഹുദൂസ് ഉണ്ട് എന്നുള്ളത് ഒരുതരം ഹുദൂസ് അവർ സമ്മതിക്കുന്നു ഒരുതരം ഹൊദൂസിന് നമ്മൾ സമ്മതിക്കുന്നു അവർ സമ്മതിക്കുന്ന ഹൊദൂസ് ഏതാ ഹെട്ടിയാജ് ഉണ്ട് എന്നല്ലേ വേറെ വച്ചു മുഖത്തിരുന്നാൽ ഉണ്ടായിത്തീരുന്നതാണ് എന്നുള്ളത് ഓർഡർ സമ്മതിക്കുന്നുണ്ട് നമ്മൾ സമ്മതിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മളെന്താ പറയുന്നത് എല്ലായ്മ സാധിക്കാതിന് ശേഷം ഉണ്ടായതാകുന്നു അല്ലെങ്കിൽ പതിമാകേണ്ടി വരും തിരമിലാണ് നമുക്കില്ലാത്ത അവർ ആലമിന്റെ പേരിൽ ആരോപിക്കുന്നൊരു തിരമുണ്ടല്ലോ ആ തിരമ്പിൽ അവര് നമ്മക്ക് എതിർപ്പ് അപ്പൊ ലാസിൻ എന്നുള്ള റോങ് കേട്ടെ എന്തുമോദറാക്കി വരുന്നു ലാ വിമാനെഹിജാജയുള്ള വയറിൽ വയറിലേക്കുള്ള എഹട്ടിജാജണ്ട് എന്നുള്ള റോങ് നിങ്ങളും പോലെ ചിന്തിക്കാനേ വൻ വിമാന സബക്കൽ അതിമിയാലേ ഇതിന്റെ മേൽ അതിമു സാധിക്കായിരിക്കുന്നു എന്ന ആനപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് അതുമ്പോ സ്ഥാപിക്കൂ മായയല്ലേ പറഞ്ഞിപ്പാ പ്രദൂ രണ്ട് മായനുണ്ടും ഒന്ന് കൈലിലേക്കുള്ള എത്തിയാക്കി മറ്റൊന്നോ അതുമ അതുമു സ്ഥാപിച്ചതിന് ശേഷം മുഴുവൻ ചെല്ലിയിലുണ്ടായിരുന്നു നമ്മള് പറയുന്ന പ്രദൂസിന്റെ മാനേതാ നെറ്റിയിലുണ്ടാന്ന് പറഞ്ഞത് മറ്റേത് പറഞ്ഞ വളാഭിതത്തിനോടൊപ്പമല്ലോ ആ രണ്ടു പറയുന്നുണ്ടാവും ആ മറ്റു പറയുക ആത്മസാധിക്കാവുക എന്നത് അറിയില്ല രണ്ടിൽപ്പെട്ട ഒന്നേ ഓട് പറയുന്നു അപ്പൊ എൻ്റെ കഥ ഉച്ച അപ്രകാരം ഏറ്റുക്കാതിന് പശ്ചാത്തലമായി കാൽ മുസ്ലിം മീൻ മുസ്ലിം ലീഗ് ഇമാന പ്രകാരം തന്നെ കുഫ്റാവുന്ന പറഞ്ഞു അപ്പൊ നമ്മളാ ഹുദൂസിൽ രണ്ട് ഘടകം വന്നിട്ടു ഒന്ന് മറ്റൊരു മാറ്റിലേക്ക് എത്തിയാദണ്ട് അതവ് സാധിക്കായിട്ടുണ്ട് ചിലമുണ്ടാവൂലോ നിന്റെ അതിന്റെ മുഖാബില ഞാനീ അതമോ അപ്രീയത്തിൽ അതിനാ മുപ്പങ്ങനെ കൊടുക്കുന്നത് ഈ സാധാരണ നിസിലായി ആ വിത്ത് അത് എന്ത് വരണമെങ്കിൽ എന്ത് പറഞ്ഞാൽ രണ്ടും ഉചൂതിയായ കാര്യം രണ്ട് ഉചൂതിയായ കാര്യം ഇതിന്റെ ഉചൂതി വരികയാണ് മറ്റേത് ഉയർന്നു പോവുക ഇതിന്റെ ഉചൂരി വരികയാണ് മറ്റേത് ഓരോണ്ടെങ്കിൽ ഞാനില്ലാന്ന് പറഞ്ഞാൽ മതി മുന്നോട്ട് മാറും പറഞ്ഞു നോക്കാം രണ്ടും മോജൂരിയായ സാധനമാണല്ലോ മിഡ്ജൈ മിസ്റ്റാന്ന രണ്ടും ഉജൂതിയായ രണ്ട് സാധനങ്ങൾ ഇതുണ്ടെങ്കിൽ അതില്ല അതുണ്ടെങ്കിൽ ഇതില്ല എന്ന് പറഞ്ഞാൽ മതി അതേ അവസരത്തിൽ ഇവിടെ പറയുന്നത് ും ഫ്രദൂം തമ്മിലുള്ള എതിർപ്പുണ്ടല്ലോ ഈ എതിർപ്പ് ഒന്ന് മുജൂരിയും ഒന്ന് അതിന് അപ്പൊ ആ മുത്തലാഖൺ മുക്കാബിലെന്നെ പറയാൻ പറ്റുള്ളൂ ലിദ് എന്നുള്ള ലിദ് പരിഹരിക്കുന്നതാണ് അപ്പൊ ഇഹിയായ ലിദ്ദാണ് നോക്കിയാണെങ്കിൽ ഹിതമും ഫ്രദൂഹും തമ്മിലുള്ള ആവർണിന്റെ എതിർപ്പ് ഇങ്ങനെയല്ല ഇതമെന്നുള്ളത് സൽിയാസിബത്താണ് തുടക്കത്തിന് അബലീയത്തിന് അതുമാണ് അപ്പം ഒരു അങ്ങനെയുള്ള ചെറുപ്പം അതിനാണത് ഐ മുഖാബിരുടെ മേന ഇസ്ലാഹിയായ മേനാക്കുള്ള വിധാപകയാണെങ്കിൽ എന്താക്കേണ്ടത് ഇത് രണ്ടും മുരൂരിയാക്കണ്ടി വരുന്നത് ആ ഇത് എവിടെ അങ്ങനെയല്ല ഉള്ളത് ഒന്ന് മുജൂതിയും അതിനെയാണ് ടക്കം ഇല്ല എന്നല്ല പറയുന്നു തുടക്കം ഇല്ലായ്മ ഇല്ലായ്മ അതിമേയാണെന്നു അപ്പം പുജൂതിയും അതിമേയും തമ്മിലുള്ള ശിലാഭാതീ എതിർപ്പായത് കൊണ്ടാണ് ഇവിടെ മൊപ്പം മുക്കാബിലും നടത്തു കൊടുത്തത് ഈ അനി എന്ന് വെച്ചാൽ അതിമോ അവനിയത്തിൽ അവലിയത്തിന്റെ അതിമു والمسمع بالقدم أدنا ناور يليه ولا يكونوا آتنا من الله نظلا إلا الله نعباده ونعنا إلا لله إلا الله رضيه إذا ما نظل الله تعالى كلا نظل الله مهلا ما هذا هو الله يجناعي ونعبه ونعبه ونعبه ونعبه ونعبه ونعبه كما سيأتي أدنا بجي أرسل قرن بيه ഇതം അള്ളാവിന്റെ മാത്രം ഒസ്താകുന്നു ഏതോടൊപ്പം എന്നാ പിന്നെ അല്ല ആദ്യത്തെ തയ്ക്കൂടെ അത് മനാവാസിന്റെ ഹദൂസിൽ ഇതമിന്റെ അടിവാസിത്തെയല്ല ഇത് അലിൻസ നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അടുത്ത മത്തിലിലേക്കുള്ളൊരു കേട്ടാണ് ും അറിയൽ അല്ലാഹു വാജിബായതും അറിയൽ വാജിബാണ് ആദ്യത്തെ കൊണ്ടിരുന്നത് രണ്ടാമത് നീ അറിഞ്ഞു ആ തരീക്കൽ മുസ്ലിം കൊറേക്ക് ത്തിലേക്ക് ചേർക്കുന്ന തെരീക്കും പറഞ്ഞു അന്റെ തെരീക്ക് രണ്ടാമത് എന്റെ പറച്ചിന് വൃത്തിയാകിയാണ് എന്ന് പറഞ്ഞതാണ് എന്റെ തെരീക്ക് വന്നത് നമ്മുടെ വരി രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ട അത് അറിഞ്ഞപ്പോൾ പാലം ആ പാ കണച്ചുകൊടുക്കാൻ മുമ്പ് ഈ മുക്കിമാർ കെട്ടിവെച്ചത് ഹരിദേവി രണ്ട് വരി മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്ത് ഒന്ന് പറഞ്ഞിട്ട് അള്ളാഹു തലാക്ക് വാജിബും മുസ്തഖിരും ജാഹിദുമായ കാര്യം അറിയാൻ സൈയായ വാജിബാകുന്നു പറഞ്ഞു അതിലടക്കുണ്ടാക്കി ഓരോന്നെ താരീഫ് പറഞ്ഞിട്ടുണ്ട് രണ്ടാമതെന്ന് പറഞ്ഞു തുമ്മരമൻ പിന്നെ ഈ അറിയണം അന്ന ആദൽ ആരമ ഐന്ന് പറഞ്ഞു അതാ വലിയ കഴിഞ്ഞതിന് ശേഷം ആണ് പാലം ജീവരും ഫാരം പറ പാകത്തിനാണ് ആ ഒന്നിനെയും രണ്ടിലെയും വലിയ അണശൻ കൊടുത്തിട്ടാ പറയുന്നതാ ഇതാ അലീമ അന്ന വൈജിബു അലാത്തല്ലി മുഖല്ല അയ്യാരിഫ ആര് എജിബു ഒമ് എസ് ഒമ് അലി ഇന്നാം വലിയ അർത്ഥം അരീമൽ ഇതൽ ആരിഫത്തിന്ന് പറഞ്ഞ ഏതാ ആലമിനെ കൊണ്ട് നമ്മ വെഞ്ചി താക്കീട്ടുണ്ട് ആ ആലം ഹിത്തോണ്ട് അതും പറഞ്ഞാൽ പാലം ആ സിഫത്ത് പറയലിബാത്തിൽ അള്ളാഹുവിന്റെ വാജിബാത്തിൽ പെട്ട ഒന്നാകുന്നു ഇതോടുകൂടി വാജിബ് തൂങ്ങുന്നല്ല മീൻ മീൻറെ അറിയലിയാണല്ലോ വാജിഭാത്തിൽപ്പെട്ട പലതും അതിൽപ്പെട്ട ഒന്ന് മാത്രമാകുന്നു അതാണ് ഏറ്റവും പറഞ്ഞത് വാജിബ് ഇതൊന്നും ആദ്യമാണ് അന്നാമത്തെ തമാശ തീ നടത്തില്ലേ ഞാൻ കുറച്ച് കുട്ടിച്ച വായിക്കാൻ നാട്ടിലെ പിസക്കൻ്റെ അടക്കിയെ അവിടെ അല്ല മീ സർവഹി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഊപ്ര ബൈറ്റി ഒരു സുഹുറയും ഒരു കുബറയും ഒരു നത്തീജിയുണ്ടെന്നാ പറഞ്ഞോ സോറ എന്ന് പറയാൻ ആദ്യം ധർത്തീപാക്കുന്ന ജില്ലക്കാ സുഹറാന്ന് കയറി രണ്ടാമത് പറയുന്നതിനാണ് കുമറ രണ്ട് കൂട്ടി പറ്റപ്പോഴും കിട്ടിയ ആ ഉത്തരത്തിന് എന്താ കയറി നെത്തീജാണ് ഇവിടെ മൂന്ന് സുഹറ ആദ്യം പറഞ്ഞിട്ട് മൂന്നു പിന്ന കുറ മൂപ്പറ അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്നു പറഞ്ഞത് എന്നാലും അല്ല അലിഗിൽ ആലിമാടത്തം അള്ളാഹാരം രണ്ടാമത്തെ ജിന്ത അല്ലേ ചുരുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് എവിടെയാറയിൽ പറഞ്ഞിട്ടതാ നമുക്ക് എന്ന് പറഞ്ഞതാ കേസിലേക്ക് മടങ്ങ് ഒപ്പം നീ പരസ്പീതാ അൽ ഇത് ചെറങ്ങിലും പറഞ്ഞും അതിൽ പെയിൽ തന്നെ പറഞ്ഞുണ്ട് ഗതാകുന്നു നമുക്ക് ഇനി ഏതോടൊപ്പം വക്കൊല്ലും ഇത് സുഹറ വൽക്കുമതാ നീക്കുകയും ഇവിടെ നമ്മളുണ്ടായാലും സുഹറയും രണ്ട് ജില്ലയുണ്ട് ഇത് ഓരോന്നും മതി ഈ ആണോ നഗരിയാണോ രണ്ടും നഗരിയാണെന്നാ പറഞ്ഞു ലഹുറാവുന്നോണ്ട് കയറാളുകളൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട് എന്നല്ല പതിച്ചു രണ്ടും നദിയാണ് രണ്ടും നഗരി എപ്പോൾ രണ്ടിനും ഉണ്ടായിരുന്നു സുഹൃത്താത്തും ദലീലുണ്ടായിരുന്നു സുഹൃത്താത്തും ദലീലുണ്ടായിരുന്നു സുഹറാന്റെ ദലീലാണ് ഏതുകൊണ്ടിരുന്നത് വൈം മാബി തെരി വകാലിക സുഖനുഭവം അകരനന്താ കൊണ്ടു എന്തിന്റെ എന്ന് സുഹറാന്റെ നിലയിലാണ് കുബ്രാന്റെ ദലീലാണത് അമ്മ ദലീൽ കൗണി കുഞ്ഞിഹാരി പോകും എന്നു പറഞ്ഞിട്ട് കുബ്രാന്റെ ദലീലാണ് കുറയും നോക്കാം എന്റെ ഒപ്പം തന്നില്ല അതേ ഒരു ഉദ്യോഗസ്ഥലിക്ക അതുകൊണ്ടാണ് അകാമശ്ചാര്യവും ശൈഷിയമ്മ ആഹ്വാനിലൂടെ കൊണ്ടുവന്നത് അദ്വും വേറെ വേറെ ദലീല് കൊണ്ടുവരാനുള്ള കാരണം അല്ലേ ഏതോടൊപ്പം ദരീര് സുഹറ സുഹറാന്റെ ദരീരന്തായഹൂരി ലഹൂരി രംഗത്ത് എത്തിച്ചിട്ടുണ്ട് ഇതാണ് ഭഗവത് തടയൂരിലേക്ക് എത്തിച്ചു തടയൂർ എന്നുള്ളത് എളുപ്പമുണ്ട് തടയിൽ നിന്ന് സ്ഥാപിക്കാൻ വേണ്ടി വരില്ലോട്ടാണ് അപ്പൊ ദലീലും തടയിലേക്ക് എത്തിയപ്പോൾ ലഹൂരിയിലേക്ക് എത്തിച്ചേർന്നു അതെന്തേ ഇഷ്ടമാക്കുന്നറിയോ സാധാരണ സുഹറയും മൊബൈൽ എന്ന് പറഞ്ഞാൽ സുഹറല്ലാതെ സമ്മതിക്കപ്പെടുന്ന ആ ഒരു മതിന് രണ്ടും നെതിരി തുടങ്ങിയപ്പോൾ യാസിനെതിരാണ് അത് ഒരു മക്കളെ ബുദ്ധിമുട്ടാക്കണമെങ്കിൽ ആദ്യം ഉണ്ടാക്കണം സർവ്വസമ്മതമായ മാനവ് മാറ്റം തൃപ്തിപ്പാക്കി കൊണ്ടല്ലേ നിങ്ങൾ രണ്ടും നെതിരി അത് തൃപ്തി പാഞ്ഞാല് അല്ലേ അപ്പൊ മൂപ്പറായിട്ട് എതിര് ബോധിപ്പിച്ചത് രണ്ടും നെതിരിയാണ് അത് രണ്ട് നിലയിൽ കൊണ്ടാന്ന് നിലയിൽ കൊണ്ടാന്നെങ്കിൽ സുഹറിന്റെ മുമ്പ് പറഞ്ഞെടുത്തേക്ക് എത്തിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇത്ര എന്ന് പറയണ്ട രണ്ടാളും കൂടി നിർത്തിയിട്ടാ പോകുന്നത് കിട്ടാതിരിക്ക മുസന്നലീഫിന്റെ മനസ്സിലുള്ളതും ആ പറഞ്ഞതും നമ്മളെ മനസ്സിലാകും മൂന്നും കൂടെ ഒന്നായാലും അത് കിട്ടാതിരിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് രണ്ടാം എഴുത്തി കണ്ടന് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇബാറത്ത് അവദേശിക്കപ്പെട്ട ഇബാറത്ത് അപ്പൊ മുസന്നിബിന്റെ മനസ്സ് നമ്മുടെ മനസ്സുണ്ടാവുന്നുണ്ടത് അലബി ലാടി ആ നീന്നല്ലാണി ഇവിടെ കണ്ടത് ആരംമിന് തടയലുണ്ട് എന്ന് പറഞ്ഞാൽ ആലമിന് ഒഴുക്കത്തടങ്ങലുണ്ട് എന്നല്ല ആലമിന്റെ ഒരു ഘടകത്തിനെ തടയറുണ്ടോ എനി ആരാളുകൾക്ക് മാത്രം ആരാള് വാസിറ്റി ആയിക്കൊണ്ടാണ് നമ്മളെന്താകുന്നത് ഈ തരം ഞായറാളുകളെ പിടിച്ചു നിൽക്കുന്ന ജവഹറും ഹാബി കഴിക്കണം എന്നതി മുതയിരായ ആരാളുകളെ പിടിച്ചു നിൽക്കുന്ന ജവഹറുണ്ടല്ലോ അത് നമ്പിട്ട് നിൽക്കുന്നേ ആ അതിനു വന്നു അതാണ് എഫ്നാടല്ല ഞാനീനാട് വേണ്ടത് ജവാഹിന്നല്ലോ അത് അങ്ങനെ പറയുന്ന ജവാഹിനെ തടയോ ബാധിച്ചു കൂടെ നമ്മ കണ്ടിട്ടില്ലല്ലോ നമ്മളെ കാണാതെ പറഞ്ഞവരും സമ്മതിക്കോ നമ്മ കാണിച്ചുകൊടുക്കലേന്ന് ദലീനെ കൊണ്ടുവരില്ലായിരുന്നു അപ്പൊ നമ്മുടെ ആറാമിനെ മാത്രമേ തടയുള്ളൂ എന്നുള്ളത് ഹസറാക്കി എന്താ എളുപ്പത്തി കഴിയാത്തത് കൊണ്ട് സൽക്കാരം അങ്ങനെ ഉണ്ടെന്നില്ലാന്നേ ഉള്ളൂ അതാ അന്നഹ അയാളെ മാത്രമാണ് തടഞ്ഞു ഹാ അതിന്റെ തടഞ്ഞവ് നമുക്ക് കാണപ്പെട്ടിട്ടുള്ളൂ അരുമിനേക്കുള്ള തടഞ്ഞവ് ഇപ്പ ഉള്ളത് അതിമിനേക്കുള്ള തടഞ്ഞവ് വാമൽ അജിറാമ് അതിറാമ് ഈ തടയിൽ ഉണ്ടെന്ന് എന്താണെന്ന് പറഞ്ഞി മുലാസമ്പതിയാണ് ഹാരിസാ ഹാരിസിനെ ലാദ്യമാക്കുന്നുണ്ട് എന്ന കാരണം പറയുന്നു ില്ലേ അപ്പൊ ഈ അല്ലാവിൽ തകയുള്ള രാത്രി ജെറീ ജെർമിന്റെ റാത്തിന്റെ തകയങ്ങളുടെ അനുഭവത്തിൽ കാണുന്നില്ല അതുകൊണ്ട് ഇല്ലാനും അറിയുന്നില്ല തടിക്കണിയില്ല അന്നേം ചോദിക്കും ചെറവേക്ക് ഇവർ മൗട്ടി ഹയാത്ത് മുതലായവ ജെർമിന് വായിക്കുന്നില്ല ചെറിയ ജെർമുണ്ടാകുന്നുണ്ട് പറയാനുണ്ട് എന്താണെന്ന് തടിച്ചുണ്ടാക്കുന്നുണ്ട് വലിയ ചിറയുന്നുണ്ട് തിരുവുന്നുണ്ട് ഇപ്പൊ ഒരു സാധനം വർത്തമാനം വെച്ചേക്കാ ചുരുങ്ങി ചുരുങ്ങി ചെറുകി ശ്രെദിക്കുന്നില്ലേ അതുകൊണ്ടുതന്നെ ഈ ബാധകം കാണുന്നില്ലേ തണുപ്പ് കാലത്ത് ചീവ്രാം കൂടെ അർത്ഥം ചെയ്യേണ്ടത് ചൂട് കാലം വരെ മുലുവും കാണുന്നില്ല അപ്പൊ അച്ചുരാൻ അവയുണ്ടല്ലോ അല്ലേ പിന്നെ അത് കൃഷി പറഞ്ഞുകൂടെ അത് അതിന്റെ ആരാധലേക്കാണ് മടങ്ങുന്നു പറയുന്നു അതിന്റെ രാത്രിയിലേക്കെല്ലാം മടങ്ങുന്നത് അതാണ് നമ്മൾ സിറു വൺ കീബറു വൺ മൗത്ത വൻ ഹയാക്കു അതായത് തടിയലും കഴിയൽ പണ്ണം കൂടുന്ന മക്കളാവാൻ അത് ആരാധലേക്കാ മടങ്ങുന്നത് അപ്പൊ അതിന്റെ രാത്രിയിലേക്കെല്ലാം അങ്ങനെ നമ്മൾ ഈശ്വരജാണ് വേനൽക്കാലത്ത് മാതിരി ദൂസാ കാണുന്നുണ്ട് തണുപ്പുള്ള ആരാത്തത് തീം കാണുന്നുണ്ട് അപ്പൊ അത് രാത്രി എന്റെ മാച്ചോറും അല്ല ഞാൻ ആരാധലേക്ക് മടങ്ങിയും ൻ ആദ്യമായിട്ട് മുഷാഹദിയാകുന്നതാ അവിസാ ഇനി അതിന്റെ അവിസാക്കാണ് നമുക്ക് ആദ്യമായി കാണപ്പെടുന്നത് പിന്നെ വൻബിൽ മിൽനി അതുപോലെ ഉപ്പു പോലത്തെ വെള്ളത്തിലുള്ള ഉപ്പുണ്ടല്ലോ അത് മാറായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്തത് അത് ഒരു ചേർന്ന് ചെറുമാറ്റി മാറുകയാണ് ഹസൈക്കായ ഇൻ ഇടാമുണ്ടല്ലോ ഇല്ലായ്മ അതവിടെ സംഭവിക്കുന്നില്ല ആരാധന അങ്ങനെയല്ല ആരാധൻ ഹസൈക്കായ ഇന്നില്ലാമതന്നെയാണെന്ന് അതാ രാധന് തൽക്കാലമായി ഭൗതിക മാറ്റമേ ഉള്ളൂ എന്നാ വൈകിട്ട് കാണപ്പെടുന്ന എന്താന്ന് ഇപ്പൊ എന്താ അതിശാകളൊക്കെ മൊട്ടോപ്പാറ്റിക്കായിട്ട് ഇങ്ങനെ ഘട്ടയിൽ നിന്നേരുന്നുള്ളൂ അതുപോലെ ഉപ്പ് വെള്ളത്തിൽ അയിച്ചില്ല ഉപ്പ് പോയില്ല അത് വെള്ളം മാറി അയച്ചിട്ട് പുതിയതാത്ത രൂപങ്ങനെ ഉപ്പിരിക്കുന്നു അതിന് വെള്ളത്തിൽ ഉപ്പ് അപ്പൊ ആ അതാന്ന് അവിടെ ഇല്ല അഴിച്ചു വെള്ളി മാറി പിന്നെ അറോന്നി നിഷാഹദു ഈ ലഹനത്തിൽ ഒരു ലഹരി കാണപ്പെടും അപ്രാദിമു നിഷാഹദു അതും അപരാദിവിനും പൈലി ഈ ലഹരത്തിൽ ലഹലയിൽ കാണപ്പെടുന്നു അതും അപ്രാദിൻ മെല്ലു അതിൽപ്പെട്ട കൊറേ സ്വർദ്ദുകൾ അതിന് പച്ചപ്രതല്ല കുറെ സ്വർദങ്ങൾ അതിൽ നിന്ന് കാണാം ഒരു നന്ദി കൊറേ ആരാധകൾ കഷ്ടപ്പെടുന്നത് കാണാം നാത്തു ബസ്കൂ അത് ലഭുത്താക്കാൻ കഴിയില്ല ഏത് ഏതെല്ലാം പോയിനല്ലേ ലബുത്തെന്ന് പറയാൻ കഴിയില്ല കൊസു ഹോസൻ പ്രത്യേകിച്ചും അതിന് അറക്കത്ത് ബസ് സുക്കൂലും അതിന് പ്രത്യേകിച്ചിട്ടു അറക്കത്ത് ാണ് മൂത്ര വിശാലാക്കിയത് അതിന്റെ അത് ഓരോന്നായിട്ട് എങ്ങോട്ട് പോകാണ്ട് അത് അതില്ലാതെ ഇപ്പൊ സുഖുവിനങ്ങൾ പോയിട്ട് അറക്കത്ത് ബുദ്ധിമുട്ടാ സുഖവും പോയുമ്പോ അറക്കത്ത് പോയെന്നു അത് തലിയായ ഇല്ലാമെന്നു ഓരോ ലഹരി പോയിരുന്നു അതിൽ അതിൽ നോജൂരത്തെ ജർമിനുള്ള ജുറാമി ിൽപ്പെട്ട ഏതോ ദേഹം സമൽപ്പിച്ചോളൂ നല്ല ഹറക്കത്തിൽ ഭാഗസ്സുക്കൂണിന്നുള്ളത് മണ്ഡലവീരോ അല്ലെങ്കിൽ ഗോളമോ ആകാശമോ ഭൂമിയോ കേൽപ്പിച്ചോന്ന് പറയും ഭാഗസുക്കു ശേഷം ഇതെ സുക്കുണ്ട് അല്ല ഈ കാന സീതാലിക്കൻ ജന്മി അതേ ജന്മീൽ സുക്കുനുണ്ടായിരുന്നു അത് എനിക്ക് സമീപിച്ചാൽ താല്പര്യമല്ല എങ്ങനെയുള്ള ജൊർമ്മ ആ ജുർമിന് ഒരു പ്രകാശമുണ്ട് ഒരു സൂര്യൻ പഠം അൽ കായിഹി ആ ജിർമിനാണ് ഈ ലൗഹിക്കുന്നത് ജിർമാണിവിടെ ജൗഹർ ആ അതിലാണ് ആര് നിക്കുന്നത് ലൗക് നിക്കുന്നത് അതെ മുൻമത്തി അതിന്റെ മുൻമത്ത് എങ്ങനത്തെ മുൻമത്താണ് അല്ല ഈ തപ്പോ ഈ ഭാഗം ലൗകി ലൗകു പോയതിന് ശേഷം അവൻമത്താണോ വരുന്നുണ്ട് ലൗകിന് ശേഷം എന്ന് പറഞ്ഞാൽ ലൗക് വന്നതിന് ശേഷം എന്നാണോ നോക്കേണ്ടതല്ല ലോക പറ്റ നഷ്ടപ്പെട്ടതിന് ശേഷം നോക്കണം അല്ലെങ്കിൽ പറയാല വെയിൽ വന്നതിന് ശേഷം അമൃത് വന്നോ എന്ന് പറഞ്ഞാൽ റെയിൽ പോയിന് വളരെ വള്ളം െ അപ്പൊ ബാധ ലൗഹി എന്ന് പറഞ്ഞാൽ ലോകം ഉണ്ടായതിന് ശേഷം എന്ന് പറഞ്ഞാൽ അടന്തൂക്കണം ബാധാമി ലോകം ഉണ്ടായിട്ട് പറ്റ നശിച്ചതിന് ശേഷം ദുൽമസ് വരുന്നു അർത്ഥം കൊടുക്കണം എന്നാല് ആദ്യം ലോകം വന്ന് അതൊരു വാട്ടാട് ഇന്നതിനു ശേഷം വേറെ ബുദ്ധിമുട്ടാടെ വന്നിരുന്നു എന്ന് അർത്ഥം വെച്ചൊക്കെ ഉണ്ടാകും ബാധക്ക് അങ്ങനെ സാധിക്കാവുന്നല്ലോ പറഞ്ഞു ഏതൊക്കെ ഇത്താതെ ഇനിയാണ് ഇനിയാ അംഗമാനോല്ലേ ബാലിനെ അതൊക്കെ അലുമിനോട് പോവും ഞാൻ ചോദിച്ചിട്ട് പശീലാൾ വന്നതിന് ശേഷം അസീസിടെ വന്നു വന്നത് കൊണ്ട് ഈ ബാലാന്നല്ല പ്രയോഗം കൊണ്ട് അസീല ഉള്ള ആൾ ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന ചെറുമീൻ ഒരു ചെറുമിന്റെയും മറ്റൊരു ചെറുമിന്റെയും ഇടയിൽ കുറക്കില്ല അതോ രണ്ടു ചുരുമ്പ് ഒന്നമ്മുടെ സുക്കോലിനെണ്ണിയത് ജബാനായിരുന്നു ഹറക്കത്തിൽ എണ്ണിയതോ കൊക്കം പോയിരുന്നു ടും വ്യത്യാസില്ല കാരണം ഇതിരിപ്പുറം കൊടുക്കാൻ ഇതിരിപ്പുറം കൊടുക്കുന്ന വിഷയത്തിന് രണ്ടു വാദം അതാ ഈ കബൂരിൽ അർത്ഥത്തി വസ്തു കൂടെ വിഷയത്തിൽ രണ്ടു ജമ്മും തമ്മിൽ വ്യത്യാസമില്ലാസി ലി അന്നാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മകൻ സുക്കൂനെടുത്തോ ജാസഅലാഹരിലേനി മിസലായ രണ്ട് സാധനമുണ്ട് നമ്മളുടെ ഒന്ന് ജബലു ആണ് ഒന്ന് കൗക്കബു ആണ് ഈ കൗക്കബിന്റെ മോളെ ജായിസായ ഒന്നറിയിപ്പുള്ളത് ഹറക്കത്ത് ആ അതാണ് മാ അത് ജാസഅലാഹരി അത് കൂറാനായി മാറ്റിയ ജബലുണ്ടല്ലോ ജബലുമലിയേക്ക് ആവരും ജായിസ് ആണ് എന്ന് ചുരിച്ചും പറഞ്ഞു ജബലിന്റെ മാ ജാസലഹരി മിസലേനി ജബലിനുള്ള സുക്കൂണി എന്നുള്ളത് കൌക്കബിന് അവരും ജായിസ് ിൽ നിന്ന് ഹറക്കത്തോ സുക്കൂല രണ്ടാളൊന്നും മിസിലേനിയതാ ജബലും കൗകുമും അത് ജാസ അതേ സാധനം ജാസാണ് അലണ്ടാ അറ്റേ അപ്പൊ തജോസോ അല അരൺ ജിബാരിടാ ആ ഹറക്കത്തേതാ മാ ജാദ ണേത് അഹുൽമീറ്റിലെ അത് ജിബാലിന് അറക്കത്ത് ജാസാകുന്നുണ്ട് കവാൻ അലുൽ കവാക്കിബി കവാക്കിബിന്റെ മേലെ സുക്കൂനും ജായിസാകുന്ന പോലെ ഇപ്പൊ നേരെ അക്സാക്കു ഇപ്പം ജബല് ആണ് നിക്കുകയും കൗക്കബികൾ മുട്ട ഹട്ടി കൈക്കൊണ്ടിരിക്കുന്നു അതിന്റെ അത്യാൽ അതുമു ജായി കഴിഞ്ഞാൽ അതിനെ മിന്നൈ ചുരിഞ്ഞാൽ മാ സൂഹിതന്നല്ലേഹർ അപ്പം ും ആല വിഷാ കാണപ്പെട്ടതും കാണപ്പെടാത്തതുമായൊന്ന് കാണപ്പെട്ടത് ഏത് രാവിലെ ഇരിട്ട് പോയി വെളിച്ചം വരുന്നു വെളിച്ചം പോയിച്ച് ഇരുട്ട് പേരുന്ന മുതലായത് കാണപ്പെടുന്നത് മാലം വിഷാഹേതെന്ന് കൌക്ക പിന്നെ ഹറക്കത്തിപ്പം കണ്ടോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിന് സുഖവും കാണപ്പെട്ടിട്ടില്ല അക്കൽ ജവാസൈ കിടക്കേന്ന് ജിബാലിന് ഇപ്പൊ സുഖവും കണ്ടിട്ടുണ്ട് അരക്കത്തെ നമ്മക്ക് അനുഭവം പൊട്ടിട്ടില്ല അതും അഖില ജാഹിതയ്ക്ക് കിടക്കുന്നു അതാണ് മാധവ വിഷാദ് ആ രണ്ടേറ്റിമാറിൽ കൂടി ഒരുക്കാം ഹാദി തൻ എന്നുള്ള ആ കൗലിത്തോൻ ഇതമ മുസ്തഹാണ് എന്നതിനോട് ബന്ധപ്പെട്ടതാകുന്നു ഇതമു മുസ്തഹീനായ അപ്പൊ തക്കൂലു ഹാദി തത്തൻ എന്നായിരുന്നു ൻ എന്നത് ഇതിനോട് വർദ്ധം ഇസ്തഹാദെന്ന് പറഞ്ഞു ഇനവ മുസ്തഹീലായാൽ എന്ന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ അതെന്താമി അല ദിസിൻ മുസ് മുമ്പ് പറഞ്ഞ ഒരു ഖിയാസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേസുമ്പുണ്ടാ അൽ മുഹാദിസുൻ സോറ എന്നുള്ളത് എന്റെ പുകറാണ് ആ പുകരണ്ട ദരീരാണ് രണ്ടെണ്ണത്തിന് മുമ്പ് ദരീലം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത് നിങ്ങളത് ചോദിക്കില്ലാന്ന് എനിക്കൊരു തോന്നലോന്നില്ലാലോ അല്ലല്ലോ മുത്രം ഉണ്ടാകുന്ന കത്തം അങ്ങനല്ലല്ലല്ലോ അദ്ദേഹം രണ്ടിരത്തിലുണ്ടാക്കും അൽഹാലും മുത്തഫയിലും ഹാദിസും എന്ത് ചെക്കൻ ഉണ്ടാക്കിയതിന് ശേഷം ഹാദിഫ് ഉണ്ടായിരുന്നു അല്ലെ അവിടെന്ന മൂപ്പ് തുടങ്ങുന്നത് അൽഹാലും ഹാബിസും ആദ്യമുണ്ടാക്കിയ ചെക്ക് നെട്ടി ആണ് ഇവിടെ സോറയൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോഴൊരു പടി വന്നിട്ട് കയറി ബാദമ്മ ഫലകമിനൽ കലാമിനി സൂറ സൂറ ദൽ സംസാരിച്ചു തീർന്നതിന് ശേഷം മനസ്സായില്ലേ എന്നെ പറഞ്ഞത് അല അവിടെ ഒരു മൊഹാല് വരുന്നുണ്ട് സ്വന്തം നസോൺ ഉണ്ടായിത്തീരുകയാണെങ്കിൽ മുപ്പസാവിയായ രണ്ട് സാധനം മുസാവിയായ തട്ടുപോലിരിക്കുമ്പോൾ കാരണമില്ലാതെ ഏതെങ്കിലും ഒന്നിന്റെ മുൻതൂക്കം വരിക എന്നുള്ളതാണ് മഹാരാജ്ഞം അതല്ലേ അവിടെ എന്താ മൊഹാൽ വരാനുള്ള കാരണം പറഞ്ഞത് വിദ്ദേ നമ്മൾ മുസാബിയാണ് അത് സങ്കല്പിക്കുന്നത് സങ്കല്പിക്കുന്ന അവസരത്തിൽ അലമിനോട് മുസാബിയാണ് ഒരു ദ്രണ്ടും തുല്യമാക്കി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ റാജിഹന്നലെയും ഇലാസബിൻ സബമില്ലാതെ കണ്ട് റാജിഹാൻ എന്ന് പറഞ്ഞു അപ്പൊ മുസാബിയാ എന്ന് പറഞ്ഞപ്പോൾ നീ യാന്ന് പറയുന്നത് റാജിഹാൻ എന്ന് പറഞ്ഞ പോലെ മുസാബിയാന്ന് പറയുന്നത് ഒപ്പൌന്ദി ഷൈ മുസാബിൽ ഷൈ റാജി ഹന്നലെയും ഇലാസബിൻ മൊഹാദിൻ ഒരു ഷൈ മറ്റൊരു ഷൈനോട് മുസാബിയാകുക അതോടൊപ്പം തന്നെ ശവമില്ലാതെ കണ്ട് രാജ്യാകുക എന്നത് മുഹാലാവൂ അല അന്നഹു എന്നുള്ളത് മൂപ്പേർ മറ്റൊന്നും കൂടെ ലാസ്യമാകുന്നുണ്ട് ആ യൽസ മൂന്നാടാ മറ്റൊരു മുഹാലം കൂടെ ലാജ്യമാക്കി ഉണ്ടായിത്തീരുന്നാലിക്ക് ഇന്ത്യക്കാലി ഇന്ദ്രാബു തന്നെ ആദ്യം പറഞ്ഞുകഴിഞ്ഞാൽ ബാത്തിരാക്കല്ല ഒന്നും കൂടി ഉണ്ട് ഇമറാബിയും ഇന്ത്യക്കാലിയും ഇല്ലേപ്പ് ിൽ ഈ ഭട്ട് എന്ത് പറ്റാന്ന് ആദ്യം പറഞ്ഞിട്ട് മാസിലാക്കാനുള്ള ഭട്ടാണോ എല്ലാ മറ്റൊന്നും കൂടെ കിസ് പറയാനാണോ മറ്റുള്ള മാസിലാക്കാനല്ല ത്രിൽസിനെ മാസിലാക്കാനല്ല പീട് നിങ്ങളൊരു പക്ഷെ ആവേശം കൊണ്ടു തന്നെ വരും പക്ഷെ അതോടൊപ്പം തന്നെ കൊല്ലുകുളിക ചെയ്യും കേട്ടോ എന്നാണ് മറ്റൊരു ഇന്നും പറഞ്ഞു കൊടുക്കുന്നത് അതിനെതിർ ചെയ്യുന്നില്ല യുത്താലിയല്ല യുത്താലിയാകുന്ന അവസരത്തിൽ ആദ്യം പറഞ്ഞ നോക്കി നമ്മൾ മാറ്റി പറയല ഇത് ഇങ്ങനെയുമുണ്ട് എന്ന് മാത്രമല്ല ഇതും കൂടിയുണ്ട് മുതസാമിയായ രണ്ടു കാര്യത്തിൽ നിന്ന് ഒന്ന് മുറജില്ലാതെ കണ്ട് തർജി ആകും എന്നത് ബാത്തിലാണ് തെളിയിക്കാൻ രണ്ട് വർഷത്തിൽ കൂടി കൊണ്ടുപോകുന്നു ഓർമ്മ വിദ്യയിൽ ഒരുമിച്ച് കൂടുക മറ്റൊന്ന് അക്കമയും അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹം തർജ്ജി ആകുക എന്നും കൂടിയൊരു അല്ല അദ്ദേഹത്തന്നെ അദ്ദേഹത്തിന് അതന്നെ അക്കവർജി ആകുന്നതിന് കുഴപ്പമില്ല കാരണം കുറഞ്ഞ സാധനം തൂന്നുണ്ട് എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ മറ്റൊരു വെടിയിൽ കൂടി ഞാൻ ക്യാമ്പാൻ ായ അനുഭവങ്ങൾ കാണുന്നുണ്ട് ഓരോ അനുഭവങ്ങൾ ഓരോ നവം എടുത്തു നോക്കിയാൽ വിവിധങ്ങളായ സിൻസുകൾ കാണുന്നുണ്ട് ഭത്തത്തിന്റെ രുചിയല്ല കുമ്പളക്ക് കുമ്പളങ്ങനെ തന്നെ ജാതി ഭത്ത കേതനം തന്നെ ജാതി പക്ഷേ ഒരു അത് ഇത് വള്ളിയായിട്ട് പകർന്നു പോകുന്നത് സസ്യം എന്നുള്ള നവയ്പത്തനെ പോകല്ല വെള്ളക്കെക്ക് പച്ചക്കറിഞ്ഞുള്ള നറിയാണ് പേപ്പത്തിന് വിജയന്റെ കണ്ടെത്തിട്ടുള്ളത് മുഖലിഫാണ് അപ്പൊ അൻബെ അതിന്റെ അൻബിന്റെ അഫ്തിലാഫ് അലഹദിഹ അത് ഹാദിഫാണ് ദലീലാണ് മാത്രമല്ല അൻപാൽ ഈ ഇനങ്ങളാണ് ഈ അല്ല ഇതാക്കിയത് എന്നുള്ളത് ഈ ആണെങ്കിൽ ഇതിനുണ്ടാക്കിയ തരത്തിലുണ്ടാക്കിയത് കൊണ്ടാണല്ലോ അത് ഉണ്ടായിച്ചു അതന്നെ അനുഭവിക്കുന്നു അറിയിക്കുന്നുണ്ട് വന്നലൊഹിദൻ അതാ അതിന് മൊഹദിസായ ഒരുക്കൻ ഉണ്ട് എന്നുള്ളതിന് എങ്ങനത്തെ മൊഹരിസ്വൻ സദീമൻ സദീമായവൻ അതന്നെ എങ്ങത്തെ കായത്തും എത്തിയാതുകൊണ്ട് പാലിക്കായവനും മഹജിക്കും പാലിക്കായവനും ഇല്ലാണ്ട് ഏതെല്ലാം എന്റെ തുണ്ടായം മറ്റൂർ പറയുന്ന എന്റെ തന്ന ഇതെല്ലാം ഞാനല്ലാതെ കണ്ട് അത് തടുക്കാനാവില്ല എന്റെ തണ്ടാനാവില്ല ഉണ്ടായേ വെച്ചു എന്നാണല്ലോ ഉണ്ടായ വാതി വെച്ചു वलाउ काना धालिक कबी तबअ अयबि इंडती तबर कुंदो इंडत कुंदो अवलालांगिल लकात तिलकल जरामु कुलहा मुतसावियतन अवरा मुखलिफतिन ई परयेपट्टा अजिरामुगल मुरुवन एल्ला मुतसाविया गनमायिरनु मुखलिफ आगुर इल्लादुनो सघरा अब लऊ काना नल्लद शर्तिन मुकद्दम लकात नल्लद तालि نظر لو كان ذلك بتفادي باللتي للشرطيه عليها فان لا هذه هو هي لكانت كل نظرا كلها متساويه تن غير مختلفه ان ل ذلك ان التالي التالي واذلا ثاني واذلا يقول مقدمه ولكن كانت كلها او بدون ما عند وون كل ما متحدقه وقت كل متحدقه بسيط ആ സാധ്യത പക്കത്ത് മാത്രണം ഇല്ല നൂറാനീത്തം പക്കത്താകണം ദുർമാനീത്തം പക്കത്താകണം അല്ല നസീഫത്തനാവും ഖസീഫത്തൻ അങ്ങനെ പക്കത്തു കൂട്ടിക്കോ തമാവ മുക്തീജാദിക എല്ലത്ത് കൊണ്ടോ സബീഹത്ത് കൊണ്ടോ മോജുദാദിന്റെ മുക്തത അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അതിന്റേതായ പ്രവൃത്തിയാ ഏതോ ഒരു റബ്ബിന്റെ ഒരു റബ്ബിന്റെ ാണ് എന്ന് മനസ്സിലായി അതിന്റെ മോദിത കീമാവാലേ നിവൃത്തിയുള്ളൂ എന്ന് മനസ്സിലായിട്ട് ആരുണ്ടാക്കിയല്ലേ അപ്പൊ ആശാരി വേഷം ഉണ്ടാക്കിയാ എഫ് ടിആർ കൊണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞതിനാൽ ഉണ്ടോ കദീമാന്ന് കുട്ടീലാന്നല്ലേ കുട്ടീല കദീമാന്ന് നമുക്ക് മറ്റു കഴിഞ്ഞുകൊണ്ട് കിട്ടുന്നല്ലേ അപ്പൊ ആശാരി വേഷം ഉണ്ടാക്കിയാലും പറയാല്ലോ എഫ് ടി ആർ കൊണ്ട് ഉണ്ടാക്കിയ അതുകൊണ്ട് ആശാരി കദീമാ കിട്ടുന്നില്ലല്ലോ ഇല്ല കുട്ടീല ശരില്ലേ അതിനാ ഇതെ വേറെ പോകണോ ഇപ്പൊ ഇ കണ്ട കൊണ്ട് നമ്മളിങ്ങനെയൊന്നുമില്ല അവസ്ഥ അത് ഞാൻ അത് നമ്മളെ വസ്തു പത്രല്ലേ കൊണ്ട് നല്ല അവസ്ഥ അത് ഇതുകൊണ്ട് ഗുഭൂത്താക്കലെല്ലാം ഇപ്പോഴത്തെ തെളിവ് ഇപ്പോഴത്തെ തെളിവിന്റെ മകരങ്ങോട്ടാന്നുണ്ടാക്കുന്ന ഒരാളുണ്ട് പറഞ്ഞ പോലെ നല്ല വസ്തു പറയുമ്പോൾ വരേണ്ടത് എന്ന് மனி குபிரியானன் αρது போல நூராதி தவாதிபுமான் ദുൽமானி அஹ்லாது வரத பிரகாசம் இல்லைமா ஜே காாரு நார் போல கதாஷில் இல்லைமே ஆனோ அலிட்டான் அந்த ரெண்டா அல்ல ദുൽமானத்து ദുൽமானி ரெண்டா ദുൽமானத்துனால பிரகாசத்தின்ட இல்லைமே ஆன மல்மத் െന്ന് പറഞ്ഞ ഏതാണ് പ്രകാശം ഇല്ലാത്ത വസ്തുക്കൾക്കാവും അപ്പൊ ഇത് ഇത് സുൽമാനിയാണ് നുറാനിയല്ല മുൽമാനിയും വിജൂതിയാകല്ല മുൽമത്ത് വിജയല്ല അരുമി മുൽമാനിയെ ഉചൂതിയാകാം അനുചോക്കുന്ന പ്രകാശത്തിന്റെ നേരെ എതിരാണല്ലോ അതാണ് പ്രകാശം ഇല്ലാത്ത അവസ്ഥ പോലെ മുതഹബിഖ് എന്നുള്ളത് കവാക്കിഫ് സയ്യാറ് പോലെ സാക്കിൻ ഇതുപോലെ ജിബാല് പോലെ ലത്തീഫ് എന്നുള്ളത് ഹബാബ് പോലെ നൂറ് പോലെ അവർ പോകുന്നത് കിലമുണ്ട് അള്ളാഹുല കിതമിനോട് താപിയായിക്കൊണ്ടുള്ള കിലം അതിൽ നിന്നാണ് അതിനെ തെരക്കില്ല ഇല്ലത്തിന്റെ അവർ അതിന് പേര് കൊടുക്കുന്നത് കിതമൻ സമാനീയൻ കിതമ എന്നൊരു പേരാണ് അള്ളാഹുവിന്റെ കിലമോ പകുവാണ്ടാ തീരുവൻ അത് രാജീയ കിലമോ ആണെന്നാണ് അപ്പൊ കിതമി രണ്ടാക്കും വ്യത്യാസമുണ്ട് അള്ളാഹു തന്നാൽ കിതമുണ്ട് മറ്റുള്ള വസ്തുക്കൾക്കും കിടമുണ്ട് അമ്മാവസാരാത്തയാണെന്നും മറ്റേ തിലമു സമാനിയാണെന്നും അവർ പറയുന്നു തക്കത്തക്കത്തീദാ അതിൽ ആയിട്ടുണ്ട് ഒന്നിനൊന്നുണ്ടായി അതിൽ നടന്നു മുസ്തമി അവർ പറഞ്ഞത് ഈ ആലമിന്റെ തിരമണ്ഡത ഓർവദിക്കുന്നു ആ കിലമ അവിന്റെ തിരമിലേക്ക് മുസ്തനിതാണ് വെച്ചാൽ ആലമി അള്ളാഹു താര കഥിയുമായതുകൊണ്ട് ആലമിന്നും കിലമിനെ ഉണ്ടാക്കി തീർത്തു ആ കഥാമോ ഇപ്പൊഴാണ് ഓർ വാദിക്കുന്നു പിന്ന ാണ് ഇടവ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇസ്ലാഹിയ മിദ്യിക്കൂടെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് അതിനെ മുത്തോടെ അതി മുഖാമിലും ഹസാറ ബിൽ ആയിരിക്കാം നമ്മൾ അതിന് വിശദത്താക്കിയത് ഇലാൻ ലൈസൻ മുറാണ ബിൽ എത്തി ഹസൈക്കത്ത് കൊണ്ടാണ് മിദ്ദു കൊണ്ടുള്ള അതിന്റെ ഹസൈക്കത്തല്ല മുറാ ഒരു വെരുത്തിയുള്ള സാധനം നേർത്ഥം പൊക്കത്തുള്ളൂ ഹസൈക്കത്ത് മുറാദാക്കിയത് രണ്ട് മുൻ വിദ്യാസികരും പക്ഷെ പിതമ് അരിമിയാസിബത്താണ് ഹദൂർസോ പുരുസിബത്തോ അനുസിൽമുറാബിമിഹി മുത്തലപ്പുൽമുഖാബിരി വിപരീതമാണ് എന്നുള്ള മുത്തലത്തെ ഉദ്ദേശിക്കുന്നുള്ളൂ അത് കുരുതിയാവട്ടെ അരുമിയാവട്ടെ തക്കാബുൽ കണ്ട പിതമ് ഹദൂസിന്റെ തക്കാബുൽ മുഖാബിലത്തിൽ മുസാബിരി ഒരു ശൈകി ഒരു ആ ഷിന്റെ നഖേതയോടെ മുസാമിയായ സാധനത്തിനോടുള്ള മുക്കാമ പറയുന്നു അങ്ങനെയും കൊണ്ടുപോകുന്നു ഹിതമുൾ പ്രദൂത്തും ഹിതവും തമ്മിലുള്ള തക്കാപതിപ്പ് ദീർഘുനേരമൊക്കെ നിത്യവില്ല പ്രദൂത ഉചുപ്പ പിന്ന ഹിതമെന്നുള്ളത് അരുവി നിദ്ദേ ഒന്ന് പുതോചിയൊന്നും അടങ്ങിയാൽ പറ്റൂല അതല്ലേ അതോടൊപ്പിക്കാൻ അറിയോ കിതമഹം നേടുത്തക്കാബുലി ഒരു ശൈലി ഒരു ശൈലി ഏതാ എടുത്ത് കിതമ ഹെദുസേരും നടക്കുന്നു ആ കിതമിന്റെ ഓര് സാധനം ആ ആ ശൈലിന്റെ നെക്കീവയോട് മുസാവിനും സാധനം നെത്തി കെടുത്ത ആ പ്രദൂസ് പ്രദൂസ് എടുത്ത് പ്രദൂസിന്റെ നക്കീല ലഹു അർത് തുല്യമായ മറ്റൊരു മ അന്ന മുബില മറ്റൊന്നുംസാവി നക്കീലയോട് മുസാവിയായ തുല്യ അർത്ഥം വരുന്ന മറ്റൊന്നെല്ലാം നക്കീൽ നക്കാബിലെ എന്താണ് ലാഹുദൂ ലാഹുദൂന്നാണ് ലാ ഹുദൂഫ് എന്നുള്ളത് മുസാഫിൽ കിടമി കിടമിന്റെ മുസാഫിയാൻ അങ്ങനെയാണ് കിടമൂന്ന് അവരുടെ മുക്കാമിലാവുന്ന വനാവാസിന്റെ ബൈസിൽ കിടമി വൽക്കുദൂമി വൽകിലിടമിന്റെയും ഹദൂതിന്റെയും ഇടയിൽ വാസിച്ചയില്ല അവരുടെ പനാസിബത്തിനെതിരാണ് അവിടേയും പറയുന്നുണ്ട് അവരെന്താ പറയുന്നത് വത്തക്കണ്ട മധുഹബിയും ഓറ മധുഹബ് മുമ്പ് കൊണ്ടിട്ടുണ്ട് സ്ഥിരമിന്റെയും മൃഗത്തിന്റെയും ഇടയിൽ വാസിറ്റം ഉണ്ട് അവർ പറയും വർഗദ്വാരിയും അവരുടെ മേലിൽ റത്തും ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ആ എനിക്ക് പറയാൻ പോകുന്നത് വക്കതു ഔറോത നമ്മൾക്കെതിരെ നമ്മളിപ്പോ കൊണ്ടുവന്നെന്താണ് ആ നമ്മൾ അപ്പൊ അത് പത്സപ്പത്തിന്റെ ഈ ഏഴ് വിവാദങ്ങൾ ഉടനുണ്ടല്ലോ ഈ വാദവും മറുപടി ശരിക്ക് തീരണെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ചെറുപ്പം ഒന്നും ബുദ്ധി നല്ല രക്തദാനായിട്ട് വെക്കണം ചെയ്യില്ല രണ്ടാമത് രണ്ടുവരുടെയും വാദം എങ്ങനെയാണ് പോകുന്ന അരുതാക്കണം നമ്മൾ രണ്ടാമത് തമ്മിലെതിരാണ് ആരെല്ലാം പത്സപ്പക്കാവ് ആവും പത്സപ്പക്കാവ ആലമ പതിയുമാണ് നമ്മളെ വാദം ആരും ഹാരി ആണ് ഏത് വയനായിട്ടുള്ള ഹാരിസ് അതിമു സാബിക്കായി കൊണ്ടുള്ള ഹാരിസാണ് മറ്റേ സമ്മതിക്കുന്നത് റൈറിലേക്ക് എത്തിയാച്ചുണ്ട് എന്തെല്ലാം വായനകത്ത് ഹരി ഓർമ്മ സമ്മതിക്കുന്നതെന്ന് അവർ നമുക്ക് നടത്തിയില്ല അന്ന് അത് ഓർമ്മിച്ചോക്കണം രണ്ടാമത് നമ്മൾക്ക് ബാധിക്കുന്നത് ഇതമത് ദാസി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഹജോസ് ഹദുവാസി മാത്രമേ ഉള്ളൂ യിൽ പറഞ്ഞതാ ഹിദമുദ്ധമാനി അതുപോലെ തന്നെ ഹൃദൂസ് ധാത്തി ദമാനി ഇങ്ങനെ ദമാനിയായിരിക്കും നാലെണ്ണുണ്ട് ആ നാലെണ്ണയിൽ നിന്നാണ് അവിടെ നമ്മളാണ്ടില്ലേ അപ്പോ നമ്മുടെ ആരം ഹാദിസാണ് ഗുരുവിന് അതമിന് ശേഷം ഹാദിസായ സാധനമാണെന്ന് കൊണ്ടുവരുന്നത് ഓരേ ഏഴ് ശുഭഹാത്ത കൊണ്ടിരുന്നുണ്ട് നമ്മളെ ഏഴ് ശുഭഹാത്തിന് മറുപടി പറഞ്ഞാലും നമ്മുടെ വാദത്തിലൂടെ കെറപ്പെടുന്നു ആ ഏഴ് ശുഭഹാത്ത് എന്തല്ലാന്ന് പറഞ്ഞു നമുക്ക് ഇത് ഒന്നിച്ച് വായിച്ചിട്ട് ഈ ലക്ഷണം മാസം വായിക്കാം ബാക്കിയെല്ലാം ഇങ്ങനെ വായിച്ചു ഇങ്ങനെ മുടിച്ചു നോക്കാം നോക്കാം ഏഴ് ശുഭാത്തുകൾ നമ്മൾക്കെതിരോട് കൊണ്ടുവന്നിട്ടുണ്ട് അൻഹ അഹലുസുന്നത്തിന്റെ അഴിമത്തുകൾ അത് ഏഴിന് മറുപടി കൊടുത്തിട്ടുണ്ട് നല്ല മറുപടി അത് കൊണ്ട് കഴിഞ്ഞിട്ടില്ല അവർ ഏഴ് ശുഭാത്ത് ഏഴ് സുഭാത്തിന്റെ മറുപടിക്ക് മൊത്തത്തിലുള്ള മക്കാസിന് പേരുണ്ട് അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ അതിനെ കുറവ് പറയാൻ തീരു കൊണ്ട് പറയുന്നുണ്ട് അൽ മൂല ഒന്നാമത് അവർ കൊണ്ടുവരുന്നത് അവർ പറയുന്നേ കവി നോക്കണേ ലൗക്കാനൽ അലേ ശ്രദ്ധിയായ കവിയൻ ലൗക്കാനൽ ലക്കാനൂത് അലേ ഇതാണ് നമ്മുടെ വാദം ആലമ ഹാദിസ് ആണ് എന്ന് നിങ്ങൾ പറയും പോലെ വെക്കുകയാണെങ്കിൽ അതിനാൽ എന്തുണ്ടായി ചെയ്യും സാലിന്